അപ്പോൾ ചിക്കനുമായി ബന്ധപ്പെട്ടത്യാവിനെ കൂട്ടുകാണോ ചോദിക്കുന്നത് അതാ ഫൈൻ കൊടുത്താൽ ചിക്കനെ പിടിച്ചിട്ട് നിങ്ങൾ ദുഞ്ഞാവിന്റെമമായിട്ടാണ് കൂട്ടിച്ചേർത്തത് അത് ശരിയാവും കാലം അന്നമിത്ത അള്ളാഹു സുബാല ആദം അലൈഹിന്റെ മണ്ണിൽ നിന്നാണല്ലോ പഠിച്ചത് എന്നിട്ടോത്തേക്കിട്ടുണ്ടാക്കി അവൻ ഇങ്ങോട്ടുള്ള അവസ്ഥ നോക്കിയിട്ട് ഇലാക്കന്മാരുടെ മാതാക്കളെ അറഹാമിലേക്ക് അങ്ങനെ കൈമാറ്റം ചെയ്ത്യാ റങ്ങിനെയാണല്ലോ ജീവിതത്തിൽ ഇതാണ് മനുഷ്യന്മാരുടെ തുടക്കം വായത്തുഹും വായത്തേത് നാറിലേക്കോ ജനത്തിലേക്കോ എത്തി മനുഷ്യരെ എന്തെല്ലായി അറന്ന് ഇങ്ങനെ ഇവിടെ പോകുന്നു ധജ്ഞാപനം പടച്ചത് പരലോകത്തിലേക്കുള്ള ദാധായിച്ചാണ് അതതിനാൽ ഗാഥ് ശേഖരിക്കാൻ ആവശ്യമാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ധാപനം സമ്പാദിക്കാൻ വേണ്ടിട്ടാണ് ധുജ്ഞാപനം പടച്ചത് പനവ് തനാവലോഹാബി അതിൽ എല്ലാവരും നീതിപൂർവം അതിന് കൈകാര്യം ചെയ്തു വെക്കാം എല്ലാ പടക്കങ്ങളും തീർന്ന് കോടതിയിലും കൂട്ടേണ്ടി വരുന്നു എല്ലാരും നീതി പാലിച്ചിട്ട് എല്ലാരും അവരവർക്കെല്ലാം ആക്കയെ എടുക്കുകയുള്ളൂന്ന് തീരുമാനിച്ച പിന്നെ കോടതി കൂട്ടിയില്ലേ വക്കീലന്മാർക്കുണ്ടാവും പിന്നെ പണിയും എല്ലാരും കൃത്യമായ അതാണ് ഉണ്ടാവുന്നത് കോടതിക്ക് ആവശ്യമുണ്ടാവില്ല താസ്ഥരൽ അപ്പൊ ഇത് വിധി പറയാതെ ഫുക്കഹാക്കമ്മമാക്ക് പണിയില്ലാണ്ടാവുകയും ചെയ്യും അന്നത്തെ ഫുക്ഹാക്കള് വക്കീലമ്മാവുമല്ലോ ഓർത്ത തന്നെ ഇരിക്കുമല്ലോ പക്ഷേ ഇവിടെന്താ സംഭവിച്ചത് വലാഖിഹ്നം തനാ വരുഹാഭിഷവാ ജനങ്ങൾ അവർ അവരെ ചഹവാത്ത് ഉപയോഗിച്ചിട്ടിതിന് കൈകാര്യം ചെയ്തപ്പോൾ ഫത്തവല്ല പൊസുവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പണക്കങ്ങളും അതിൽ നിന്നുണ്ടാക്കി അപ്പോൾ കോടതി വേണം കോടതിയിൽ വിധി പറയാൻ വേണ്ടി അഴുമ്പണം വിലക്കം മാറുമ്പോണം ഇപ്പം അസ്തത്തിൽ രാജത്തുവിത സുൽത്താനി യസൂസുഹും ഇവരെ നിയന്ത്രിക്കാൻ ആവശ്യമായ ഒരു സുൽത്താനിലേക്ക് ആവശ്യം അപ്പൊ സുൽത്താന് ഒരു നിയമാവലി വേണം മഹക്കാതെ ഒരു നിയമാവലി ഉപയോഗിച്ചുകൊണ്ട് സുൽത്താൻ ഉണ്ടാക്കണം ഇവരെ ഭരിക്കുകയും വേണം ഈ ഭരിക്കാനുള്ള നിയമാവലി കൊണ്ട് അറിയുന്ന ആളാണ് ജനങ്ങളെ അവരെ ഷഹബാത്തിന്റെ ിട്ട് കൈകാര്യം ചെയ്തപ്പോൾ പിണക്കുണ്ടാവില്ല ആ പിണക്കങ്ങൾക്ക് ഇടയിലി ഉണ്ടാക്കണം പഴപ്പമില്ല ഡെയിലി ഒരു നീതി പാലിക്കാൻ ഒരു മധ്യസ്ഥം വഹിക്കാനുള്ള തരിയ കൊണ്ടും ആരറിയുന്നതാണെന്ന് ഫക്കീൻ അറിയുന്നതാണ് തരിയൊക്കെ കാനൂനി യാസത്തോ കണക്ക് കൊണ്ടും ഈ മധ്യസ്ഥം വഹിക്കാനുള്ള തലീക്ക് കൊണ്ടും അറിയൂ ആര് ഈ ഫക്കീനി അപ്പൊ ഫക്കാനൽ ഫക്കീൻ ആരായി മാലിന്യം സുൽത്താനും മൂർച്ചിദു സുൽത്താന്റെ മാലിന്യം വൈകി അടിച്ചു കൊടുക്കുന്നു ആളുമായി ഇവിടുത്തെ സിയാസത്തിൽ ഹൽക്കി പടപ്പുകളെ മരിക്കലിലേക്ക് വൃദ്ധിയും അതുപോലെ അവരെ കൺട്രോൾ ചെയ്യാനും കാമത്തീൻ ഉമ്മൂറും അപ്പൊ ജനങ്ങളെ ഇസ്തുക്കാമത്തോടായി കഴിയുമ്പോൾ ദുഞ്ഞാവുള്ള കാര്യങ്ങളെല്ലാം നല്ല പൂർവീലും കൂടെ ഒത്തുട്ട് വരും അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ദുഞ്ഞാവിൽ പണക്കങ്ങളൊന്നും ഇല്ലാതെ നല്ല നിലക്ക് അവര് ദീനുമായിട്ട് ബന്ധമുണ്ടല്ല ഉണ്ട് പക്ഷെ ബിന്ദാത്തല്ല ദുഞ്ഞാവ് ദീനുമായിട്ട് അച്ചടക്കം കിട്ടണം ഈ അച്ചടക്കം കിട്ടാൻ ആവശ്യമായ നിയമാ വ്യാമം ബിന്ദാത്തല്ലേ ദീനുമായിട്ട് ബന്ധു ലാഖ്യം നേരെ നസ്റ്റ് കൊണ്ടല്ല ദീനുമായി ബന്ധിക്കുന്നത് ദുഞ്ഞാവ് ഏരിയാക്കം ദുഞ്ഞാവ് ഏരിയാക്കിയ പൈലോകത്തിലേക്കുന്ന പഴുത്ത സമ്മീ കിട്ടൂന്നുല്ലാഹിദീമുദ്ദീനു ദുഞ്ഞ ദീൻ ശരിയാകണമെങ്കിൽ ദുഞ്ഞാൻ കൂടെ കഴിയൂല അതുകൊണ്ട് അസിലും ഭരണകൂടവും ദീനും തമ്മിലെ ഇരട്ടു അപ്പൊ ദീനത്തിലും സുൽത്താൻ അതിന്റെ ഹാരിസു വന്നു വമാല അസലനഹവും മഹത്വവും മുൻ അസിലില്ലാതെ കണ്ട കെട്ടിടം തകർന്നുകൊണ്ടല്ലോ അപ്പൊ തീനില്ലാതെ എന്താ ഈ കെട്ടിടം തകർന്നത് വമാല ഹാരിജനഹു കാവൽക്കാരനില്ലാത്തതായതോ അതോ സുൽത്താനില്ലെങ്കിലോ അപ്പൊ നായീക അത്ഭുത അല്ല എല്ലാം നഷ്ടപ്പെട്ടതായി വനാഹത്തി മുൻ മുഴുക്കു വന്നപത്തു ഇല്ലാബിൽ ഈ മുഴുക്കും ജനങ്ങളെ ഒരുമിച്ച് ക്രമീകരിക്കലൊക്കെ സുൽത്താനെ കൊണ്ടല്ലാണ്ട് സാധിക്കുന്നില്ല ൽ ഹുക്ക മാറ്റി ബി ക്കുന്നുണ്ടാണ് അത് കിടക്കേണ്ടത് വക്കമാ എന്ന സിയാസത്തൽ സുൽത്താന്റെ പണിയെടുത്തു കൊണ്ടിട്ട് പടപ്പ് വില വരിക്കലുണ്ടല്ലീൻ ദീനിന്റെ ഒന്നാം നമ്പർ വർത്തവരെയല്ല എവിടെ ഇവിടെ നെഹ്റും മരിച്ചിട്ടുണ്ട് മറ്റൂറും മരിച്ചിട്ടുണ്ട് ജനങ്ങളെ സുൽത്താനാച്ചാൽ ആക് ആക്ക വച്ചുകൂടാത്ത കണ്ടീനന്റെ ഓണമില്ലല്ലോ അതുകൊണ്ട് ഒന്നാം നമ്പറായിട്ട് ദീനൽ എണ്ണാൻ പറ്റൂല്ല മല്ലുവീനൻ അല മാല എത്തി മുന്തില്ലാതീൻ ദീൻ പൂർത്തിയാകാൻ വേണ്ടി ഇവിടെ എന്താ വേണ്ടത് ദുഞ്ഞാബിലുടെ അച്ചടക്കവും സമാധാന അന്തരീക്ഷം വേണം അത് പൂർത്തിയാകാൻ വേണ്ടി മൊയിലാണെന്നേ ഇവിടെ വരുമ്പോൾ കദാലിക്ക് മാരിപ്പത്ത് തനീക്ക് സിയാസ അതുപോലെ ഭരിക്കാൻ ആവശ്യമായ തനിയെ അറിവും ഇതേമാതിരി തന്നെയാണ് ദീനൽ ഒന്നാം നമ്പറല്ല ൻ നമുക്ക് ഉദാഹരണം പറയാ ശരിയാകണമെങ്കിൽ ഇവിടെ എന്ത് വേണം വഴിയുള്ള കൊള്ളക്കാർ കാക്കാൻ വേണ്ടി കാവൽക്കാർ വേണം അത് ഈ കാവൽക്കാർ ഹജ്ജ് എന്താ വന്ധം പറഞ്ഞട്ടെ കാര്യമായ വന്നൊന്നുമില്ല അജ്ജ് രക്ഷാൻ വേണ്ടി തെരിയക്ക് വേണം തെളിയൊക്കെ രക്ഷപ്പെടണമെങ്കിൽ കാക്കാൻ ആറ് വേണം അപ്പൊ ഹജ്ജും തമ്മിലുടെ ബന്ധം പോലെ ഇപ്പൊ വന്നത് കനിയത്തിന് കള്ള അറബികളും ബതക്കളൊക്കെ പിടിക്കുമല്ലോ ഓർക്കാക്കാൻ വേണ്ടി പോലീസ് ഓണം എന്നിരുന്നു പോലീസിന്റെ തോക്കും തോക്കും ഹജ്ജ് എന്താ ബന്ധം എന്ന് വെച്ചാൽ എന്താ മറുപടി അറിയാം നേഴ്സിന് നേരെ യാതൊരു ബന്ധമില്ലുള്ളൊരു കാര്യം വേറെ ുത്തനേക്ക് ഇരൽ ഹജ്ജ് കൈ ഉൻ സാലിൻ ഹജ്ജിലേക്ക് പോകുന്ന മാർഗം സ്വീകരിക്കുക എന്നുള്ളത് മറ്റുതുമാണല്ലോ വൽ കഞ്ഞാമ ബിൽ ഹരാസത്തിൽ നിന്നെത്തി ലായത്തിമൊരു ഹജ്ജ് ഇല്ലാതിഹ ഈ കാക്കര കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ യാത്രക്കാരല്ല എങ്ങനത്തെ ഹജ്ജ് അതുകൊണ്ടേ പൂർത്തിയാവുള്ളൂ അത് കൈ ഉൻ അത് മൂന്നാമത്തെ കാര്യമാണ് കാക്കാനെങ്ങനെ പഠിക്കണം എന്താ ആയുധം കേൾക്കണം അത് നാലാമത്തൊരു കാര്യം വേറെയാണ് ഫണ്ണിന്റെ വൽഹാറ്റിൽ എന്താണ് മാഡിപ്പത്ത് തുസത്തി വൽഹിറാസ ഈ ജനങ്ങളാ ഭരിക്കുക കള്ളം മാറത്തോട്ട് കാക്കുക ഭഗറ്റടിക്കാർ തോട്ട് സംരക്ഷിക്കുക എന്ന ആ തെളിക്കറിയിലാണ് ഇതാണ് എന്താ കാര്യം വയദു അലാദാരി ഇത്ര നേരം ന്യായീകരിച്ചു കൊണ്ടാണ് ഇത് അതിന് ഉണ്ടാക്കണം ഒരു ഹദീത്ത് തെളിവോണ്ടയദുൽഅലാരിക്കം ആ ഉപയെ മുസരത മുസരതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീത് ഉണ്ട് അതിന് ലാ യുക്തി ദാസ് ഇല്ലാത്ത ജനങ്ങൾക്ക് പൊത്തു കൊടുക്കൂല മൂന്നാളല്ലാണ്ട് ആരെല്ലാന്ന് ഒന്ന് അമീർ മറ്റൊന്ന് മഹമൂർ മൂന്നാമത്തേത് മുത്തല്ലിഫ് മുത്തക്കല്ലിഫിന്റെ അവിടെ വേറെ വിവാത്തെന്ന് പറഞ്ഞാൽ മുത്തക്കല്ലിഫിന്റെ അവിടെ മറ്റൊന്ന് ദിവാറ്റ് വരാൻ പോകുന്നുണ്ട് അല്ല അത്ത ദിവാറ്റ് വരും ബദരൽ മുത്തക്കല്ലിഫിന്റെ സ്ഥാനത്ത് മുറ ഈവാരാൻ പോകുന്നു ബദരൽ മുത്തക്കല്ലിഫിന്റെ സ്ഥാനത്ത് മുറാ ഈവാറ്റുണ്ട് അപ്പൊ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ ഒരുങ്ങൽ ഒന്നിക്കൽ ആമിർ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ മുറ ഈ അമീർ ഹുബദ് ഇമാമും വഖത്ത് ഖാൻ മുഹമ്മദ് മുഫ്തോൻ അവരായിരുന്നു പൂർവ്വകാലത്ത് പത്തു കൊടുക്കൽ വൽ മഹ്മൂരാണ് നായിബുഹും അയാളെ കീഴുകടക്കത്തിലുള്ള ആളാന്ന് മുസദ് അല്ലിഫാരാണ് രണ്ടും അല്ലാത്ത ഒരാളും അതാരാണ് വഹുമല്ലത് എല്ലാക്കല്ലത് തീർക്കൽ നഗത്തം എന്നുള്ള ഹാജത്തി ഒരാവശ്യമില്ലാതെ ഉത്തരവാദിത്വം കൈയിട്ട് വരുന്ന ആളുണ്ടാവും എനിക്ക് കിട്ടണമെന്ന് വന്നിട്ടു ആ ഓണം ആ രംഗത്ത് വരും അയാൾ ർത്ഥം വെക്കുന്നു അടുത്തരിവാത്തോട് അർത്ഥം വെക്കുന്നു സഹാബത്ത് എന്നുണ്ടായിരുന്നു ഹത്തലിസുവിനാണിത് പത്തുവാ പത്തു കൊടുക്കൽ തൊട്ടവര് കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു എന്നോ എനിക്കറിഞ്ഞു ഇവിടെ അറിഞ്ഞതോട് ചോദിച്ചോന്ന് വന്നു കൂടും ഇന്നാളതാ വലിയ ആളുകൾ പൊയ്ക്കോ ഹത്താഖ്ല്ലും സാഹിബി ഓരോരുത്തർ എന്താക്കും എന്നറിയാം ഉത്തരവട്ടം മകളാക്കേൽപ്പിച്ചു കൊടുക്കലാണ്ടായി അമ്മ സാലെന്ന് എനിക്കറിഞ്ഞൂടെ ഇന്നത്തെ പോയി ചോദിച്ചോ അതേ അവസരത്തിൽ വക്കാനോ ലായൂന ഇലാ സുറാൻ ഇൽമിൾ ഖുർആാനുള്ള തരീത്തിൽ ആഹ്റാം ആഹ്റത്തിലേക്കുള്ള തരീക്കോ ഇൽമുൽ ഖുർഹാനോ വല്ലതും ചോദിച്ചാലോ അവർക്ക് യാതൊരു മടി കാട്ടലോ എന്തൊക്കെ ബലങ്കിലൊന്നും ഉണ്ടാവും ഉടനടി മറുപടി കൊടുക്കുന്നത് പത്ത് വെക്ക് വന്ന അതുപോലെ മൂന്നാർ അവിടെ പോയി ചോദിച്ചോന്ന് പറയാ മൂന്നിലും ഒക്കെ ഈ ബാധിതര്യമായ അതിൽ ബദലൻ മുത്തക്കല്ലിഫിന് പകരണ്ട് മുറാഹീൻ അതുകൊണ്ട് ഈ രണ്ടുമല്ലാത്ത മൂന്നാം നമ്പറാണ് ആവശ്യമില്ലാണ്ട് ഏറ്റെടുത്താളുണ്ട് ആ അയാളപ്പിന് രിയായില്ലാണ്ട് വിനന്ദിനാണ് അയാൾ അറിഞ്ഞാലാകാൻ പഠിക്കല്ലാണ്ട് പറഞ്ഞിട്ടുള്ളത് ഫൈൻ നക്കല്ല ഖത്തറൽ ഫത്തുബ ഫാനുള്ള ഉത്തരവാദിത്തം ഒരാൾ ഏറ്റെടുത്താടി എത്തരത്തിൽ ആവശ്യത്തിലേക്ക് അയാളൊട്ട് മുതായിച്ചൂല്ല അയാൾ കൊട്ടാലേ പറ്റുകയുള്ളൂ എന്ന് നിർബന്ധമില്ലല്ല എന്നാ പല യക്ഷതും ഇല്ലാ തലബുൽ ജാഹിബൽ മാൽ പിന്നെ ജാഹും മാലും കരുതില്ലാണ്ട് അത് ലക്ഷിച്ചില്ല ഈ പത്ത് പയ്യാറിന്റെ കൊടുത്തോണ്ടെന്നില്ല പിന്നെ അതിന് ആളേറ്റെടുക്കുന്നു അപ്പൊ അതിന് ഇയാൾ തന്നെയാണെന്ന് വന്നു അപ്പൊ ഇനി ബഹവിഷ്കാരാക്കുന്നു നിങ്ങൾ സിറ്റിംഗ് മൊത്തത്തിൽപ്പെടുത്തിയില്ലേ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ സിറ്റിംഗിന്റെ ഏതെ ജിനാജാത്തിന്റെ ബാബുകൾ മാത്രമേ ഈ നിങ്ങൾ പതിയിൽ വരുന്നുള്ളൂ തെറ്റിയിലെന്തെല്ലാം ആക്കിണ്ട് സഹാറസ് കയ്മ മുഴുവൻ ഹരിച്ചതിന്റെ ഭിത്തിയിൽ വേറൊണ്ടല്ലോ നിങ്ങൾ സിറ്റിന് എങ്ങനെ മൊത്തത്തിൽ എങ്ങനെ വന്നിട്ട് തുഞ്ഞാമു അപ്പൊ താക്കളം ഒരു പ്രത്യേക ചിക്കുന്ന സംഭവം ഇബാതാത്ത് വേറാണ്ട് മാമലാത്ത് വേറാണ്ട് മുനാക്കാത്ത വേറാണ്ട് ജിനായാത്ത് വേറുണ്ട് ഈ കോടതിയും കേസും പ്രശ്നങ്ങളൊക്കെ എന്തിനാ ജിനായാത്തുമായി ബന്ധപ്പെട്ട വ്യക്തിയാകുന്നു പിന്നെ ഏത് ബാക്കിയുണ്ട് ഇമാാലാത്തിന്റെ ഇനങ്ങളുണ്ട് അതെങ്ങനെ ബുഞ്ഞാപ്പെടുത്തുക അതാ പറഞ്ഞു പൈൻ കൊൽത്താമക്ക ഈ പറയപ്പെട്ടത് അങ്ങോട്ട് ശരിയായിട്ടുണ്ട് അഹക്കാമിൽ ജിറാഹാത്തിൽ ഹറാ മാറ്റി വസ്തു ഹു മാറ്റി ഏ ക്രിമിനൽ കേസാണ് ഈ ജിറാഹി പിന്നെ ഹദ് അടിക്കലാണ് ഇവിടുണ്ടെ സ്വദൂതിൽ വറാമാത്തെന്ന് പറഞ്ഞ കൊടുക്കാനുള്ള ഓരോ കടബാധ്യതകളും അയാൾക്ക് വാങ്ങിച്ച് കൊടുക്കുന്നില്ല അയാൾ അഡ്രസ് നമുക്ക് ചെയ്യുന്നില്ല അയാൾക്ക് ഇതല്ലേ വറാമാത്തണ്ടാനി അതുപോലെ പണക്കങ്ങൾ പ്രസവമാത്രം തർക്കങ്ങളൊക്കെ ആ വിഷയത്തിലേക്ക് തുഞ്ഞാവിന്റെ പ്രശ്നമെന്ന് പറഞ്ഞു തീർക്കാം ശരി സഹാറത്തും വാഴമലാത്തും ഈ മനക്കഹത്തല്ലും അത് ഇനിയോട് ഞാനിരുന്നു വരായ تيما يستمر عليه ربع الإبادات إباداتي الربع عندها إذا كنت تلعب سيامي وصداة مدلائك أليس دكارتها حجر عليها سلامة الأنجة أليس إباداتي هذا لن يجب أن يكون لدينا بردن كيف لألهم هذا ونوانا تيما يستمر عليه ربع الإبادات إذا عاداتي الربع عندها معاملاتي الربع عندها إذا كتشونا അപ്പ നീൻ ബിൽ ഹരീ വറാമു അപ്പൊ രണ്ട് റുക്കിന് രണ്ട് റുക്ക് എന്തുണ്ട് നീന തന്നെ സിഗിന്റെ പ്രകൃതി ഇപ്പറ കിടക്കുന്നു അപ്പൊ സിക് മൊത്തത്തിൽ എന്ത് പറ്റൂല ദുനാമിലേക്ക് കേൾക്കാൻ പറ്റൂലെന്ന് പറഞ്ഞത് പ്രകൃതി ശരി കാലം അന്ന അക്രമമായ എത്തക്കല്ലം അത് പറഞ്ഞ് പ്രവർത്തിച്ചേരാം എങ്ങനെയാണ് ഒരാൾക്ക് എന്താ അതിൽ കൈകട്ടവാട നാളെ കക്കാലത്ത് ഇങ്ങനെ ഓണിക്കച്ചാടോന്നൊക്കെ നിൽക്കിച്ച് എന്ന് പറയാന അവന് ബാക്കി സുഹൃത്തുക്കളും ബാക്കി തുറന്നു നിർത്തുന്നു നമ്മക്ക് നോക്കണില്ല വണ്ടവർക്ക് ഓണിച്ചിരിക്കാന്ന് പറഞ്ഞോ ഒന്നുമുലാക്കാത്തോട് ചോദിച്ചാൽ ഓ പറഞ്ഞാൽ എന്താ എടുക്കുന്നത് എല്ലാം നിയോ കാളം പറ്റി ചോണാക്കിരിഞ്ഞോ ഓക്കുന്നുണ്ട് വണ്ടാൾ പാങ്ക് കൊടുക്കുന്നു പോയി പക്ഷെ ബാങ്ക് അതിഘട്ടം ബാങ്കായിട്ടുണ്ടോ ചത്ത് ഒത്തിട്ടുണ്ടോ കൊടുക്കേണ്ട ആൾ കൊടുത്തിട്ടുണ്ടോ കൊടുക്കേണ്ടവർ കൊടുത്തിട്ടുണ്ടോ അത് വേറൊരു കാര്യമാണല്ലോ അദ്ദേഹം കൊടുത്താൽ കൊടുക്കുന്നതെന്ന് നോയി എന്താണ് കൊടുത്തില്ല മകൊടുക്കുന്നു അയ്യാ അയ്യാ പണ്ട് നിങ്ങൾ വാച്ചി കൊടുത്തിട്ടില്ലേ പങ്കുത്താണല്ലേ അറിയലേ ആരാ പ്രസഹിന്റെ മണി അതുകൊണ്ട് അങ്ങനെ വെച്ചാൽ ഈ ഒച്ചപ്പാടി ബാങ്കാക്കുന്ന പരിപാടി ആരെ മണിയായിപ്പോ ഫീഹിന്റെ മണിയായിട്ട് ഈ പങ്കുട്ടെന്ന് വെച്ച പങ്കുട്ടുന്നില്ല ഇപ്പൊ അറിയാന്ന് കുത്തുപൻ ചറക്കാനൊന്നും പാലിക്കാനും ഒക്കെയൊക്കെ എന്താക്കി ഓവ് വിഭാഗം നായി ഒഴിച്ച് അങ്ങനെ കൊത്തുപോയി രണ്ടൊക്കെ നിൽക്കിച്ച ജുമാ ജുമാ ഏകത്തെനാണ് തുള്ളുന്നിങ്ങാണാ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇരുപത്തി മൂന്നിനൊക്കെ ആയിട്ട് നിൽക്കിച്ചിട്ട് തറായഴിഞ്ഞാ നിൽക്ക് തറായെന്ന് അന് വേണ്ടി കഴിഞ്ഞില്ലേ അതുകൊണ്ടാണ് ഇപ്പൊ കുഞ്ഞാവിപ്പെടുത്തി എന്നാ പറയുന്നത് അഅകറമ അഅകറമ യതകല്ലമുൽ ഫഖീഹു ഫീഹി മിനൽ അമാലി ലത്തി ഹിയ മിനൽ അമാലി ആഖിറ ആഖിറത്തിൻ അമാലുകളുടെ കൂട്ടത്തിൽപ്പെട്ട അമാലി ഇതി ഒരു ഫഖീഹ് സംസാധിക്ക് നക്രമത്രയാന്ന് സലാഹത്തുൽ മൂനൻ എന്തെന്നോ ഇസ്ലാം സലാത്ത് സക്കാത്ത് ഹലാല ഹറാമുമല്ലേ നിങ്ങൾ ഫഖീഹിനെ അടുക്കിങ്ങിരീ ഫൈദാ തഅമ്മത മുന്തഹ നദറിൽ ഫഖീഹി ഫീഹാ ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് അത എതല്ലോ ഇസ്ലാം സ്കാരം ോമ്പ്ക്കാത്ത് നോമ്പ് കുട്ടിക്കും ഇതിന് ഒരു ഹദ് വിട്ടിട്ട് ആഹ്റത്തിലേക്ക് അല്പം പോലെ കറുട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാം നോക്കതാ വൈദാറസ്തഹാത്തി ഇതാണെങ്കിൽ ഈ മൂന്നെണ്ണ ഇസ്ലാം സദാബ്ദി ദാത്ത ഹലാലഹറാം എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെയാ ഇങ്ങനെയാണെങ്കിൽ ഫഹോബി ഹൈരിഹ അന്ന് അതും മറ്റു കാര്യം പിന്നെ പറയാനില്ലല്ല അമ്മ ഇസ്ലാം എടുക്കാം അപ്പൊ എത്തക്കല്ല പോയി ഫീ സംസാരിക്കുന്ന സീമ എന്ന് ആ അതിന് സഹിയാവുന്ന ഏത് ഫാസിദാവുന്നേട് സുറൂത്ത് എന്തൊക്കെയാണ് ദൂരന്തരമായിട്ടായി അത്ര ചെറുപ്പ് ഈ എന്താ ചെല്ലണ്ട് എന്താ വാണ്ട് വളരെ സഹിത്തൊക്കെ ഇല്ലാൻ അയാൾക്ക് പരമാവധി നോക്കി ഉടൻ വലിയ എടുത്തു ഇസാം വരെ നോക്ക് കളിപ്പിനുള്ള നോക്കാൻ അയാൾക്ക് ഇല്ല എത്തിപാട് ചാഹ തീരുമാനങ്ങൾ പൈസ കൊടുത്താൽ മുസ്ലിംമാനല്ല ഇനിയിപ്പോ മംഗള ഗീക്കാനോ ഒരു പത്ത് മണിക്ക് വേണമെങ്കിൽ പക്ഷെ ഇവന് ഈ മംഗളഗീക്കേണ്ട ആവശ്യത്തിന് കാഴ്ചപ്പുടം കിട്ടാനായിട്ട് മുസ്ലിംമാൻ ഇപ്പൊ ഈ ഭഗീനോട്ട് നിൽക്കുമോ ഇതിന്റെ ഇതാരും ഇത് സഫീ കല്ലാം കൽപിലേക്ക് നോക്കാൻ ഫക്കീന് സാധിക്കുന്ന കാര്യമില്ലല്ലോ കൽബു കൽബോ ഫൻ വിലായത്തിൽ അധികാരത്തിന് പുറത്താണ് അവിടെ അരില്ല കാരണം അത് അസൂർ അലി വസല്ല തങ്ങളും പോലും ഒഴിവാക്കിയിട്ടുണ്ട് അറബാബ് വസ്തു സൈഫിന്റെയും രാജാ രാജാധികാരമുള്ള ആളുകളുണ്ടല്ലോ അവരെ കൽബിനെ തൊട്ട ഇവാക്കിയിട്ടുണ്ട് കൽബ് നിങ്ങൾ നോക്കേണ്ട വേണമെന്ന് ആഹ് മാത്രം നോക്കി വിചരിപ്പിച്ചു കൽബ് കേറി നോക്കിയിരുന്നുവോം എപ്പോഴാണ് ഇസ്ലാം ഇസ്ലാമന്റെ കരിമത്തിലാണ് ജല്ലിക്കളഞ്ഞ് അസാമിമാരെ പിടികൂടുന്നുണ്ടാ ഇല്ലെന്നാൽ കഴിഞ്ഞു പള്ളിയിലെ വളക്കിട്ടോന്നും പണ്ടോട് പള്ളിക്കറി കൂടാ പള്ളിക്കറി മടക്കിന്റെ പത്താർത്ത ഡിസംബർ പൊട്ടി കൊടുക്കും ഞാൻ ഉണ്ടാക്കി ഉടനെടുത്തു സന്ദേശം ആരെല്ലാം പള്ളോടൊക്കെ നമുക്ക് തയ്യാറെ പൊട്ടി പോണത് ഇയാളെ ഒപ്പിട്ടില്ല ഞാൻ ഇരിക്കാൻ എന്തെങ്കിലും ഇത് എങ്ങനെ പൊട്ടിക്കൊടുത്ത് ഇരിക്കാനോ ഇതിന് ചെലവ് കഴിഞ്ഞാൽ അസിലാൻ കഴിഞ്ഞിരിക്കും വന്നാളാൻ പോയി ഓ വഴക്കുണ്ടല്ലേ നോക്കി കഴിഞ്ഞല്ല അവരുടെ കൽബലെന്താ കശുന്റെ കൂടി പക്ഷെ കൽബ് നോക്കണ്ടെന്നാണ് അറുബാപ്പ് സ്വയോക്കിയോട് തങ്ങളെ കൽപ്പല്ല ചാനാതെ കഴിയുമ്പോ ബാള് ഊയി വണ്ടാക്കണം കൊത്താതെ പക്ഷെ അതെല്ലാവരും അത് എഴുതിയപ്പോ പാള് മണക്കി വെച്ചോളാണ് ഏ ഓ തൽക്കാലം പേടിച്ചിട്ട് ചെല്ലിയെന്നല്ലേ മനസ്സിലാകുന്ന ഞങ്ങളെ കണ്ടു കയറി നോക്കിയെന്നാന്ന് വിളിച്ചാൽ പേടിച്ചിട്ട് ചെല്ലിയതാണ് എന്നുള്ളതിന് കണ്ടു കയറി നോക്കി നോന്നു അപ്പൊ നിങ്ങൾ ആ കൽപനയൊക്കെ നോക്കേണ്ട ആവശ്യമില്ല താങ്കൾ വാങ്ങി നോക്കാൻ അവിടെ എൽപ്പനു നോക്കരു അവരെ വന്ന വൻ്റെ മനസ്സിലാക്കിയോട് എനിക്ക് ബോറാക്കാൻ കല്പനം തിരിക്കാനായിട്ട് ഓ ശെരിയാണോന്ന് ഓ തീരുമാനിക്കണം അത് കഴിമ്പത്തുലി ഇസ്ലാമി ചെല്ലാൻ മുരറ്റതിരാൻ ദി അന്നഹു കാല മേട്ട തീരാൻ ആരാണ് ഈ കൊന്നാളോടെ തന്നെ പറഞ്ഞത് ബാലിനെ പേടിച്ചിട്ടാണ് നബിയെ ആര് ചെല്ലിയത് അയാൾ ചെല്ലിയത് എന്ന് പറഞ്ഞ സഹാമിനോടാണ് നബിയും ചോദിക്കുന്നത് പറഞ്ഞോട് അല്ല ശത്രുത്തൻ ബഹു ബാൽ ജെഹക്കുമൽ ഫു ബിശിഷത്തിൽ ബാലിന്റെ കീഴിൽ വെച്ചിട്ട് സഹത്തിൽ ചെല്ലിയാൽ തന്നെ ഉണ്ടാവൂ ണെന്നോ ഫീന് വധിക്ക എത്തരത്തിൽ ഫൈന സൈഫ മാ അന്നഹോ ലമോ അന്നസൈഫലം ഞക്തിഫലഹോ അന്യ്യ തീ ഈ വാളാണെങ്കിൽ എന്താക്കിട്ടില്ല അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യത്തിൽ എത്തോട്ട് കഷ്പു ചെയ്തിട്ടുമില്ല വലം കീ കൽ ജഹ്ലിവൽ ഹൈറാ ഈ ഇസ്ലാമിന്റെ കാര്യത്തിലുള്ള ഈ സഹാതലിമന്റെ മതമൂനുണ്ടല്ലോ ആ മതമൂനുണ്ട് ജഹ്ലീല ആ ജഹുനാകുന്ന മൂടി ഇപ്പൊ ഏറെ മനസ്സിൽ നീങ്ങിയിട്ടുണ്ട് വാള് കാണുമ്പോ കണ്ട് അയാളെ പണ്ടൽ ചെഹുൽ തന്നെ കണ്ടത് അതോടെ ഹൈറത്തും അതാ ഏതാ ശരി ഏതാ തെറ്റെന്ന് ഇരിയാത്തുകൊണ്ടാണ് ഇത്ര കാലം ചെല്ലാണ്ട് നിന്നത് ബാള് കാണുമ്പോ ഈ ഹൈറത്തും ജഹുദോടെ പോയി പോയിട്ടില്ല തിന്ന വന്നു സാഹിബ് സാഹിബ് സൈഫിന്റെ എതിരെ അയാൾ വിശാർത്താക്കിയത് എന്തുകൊണ്ട് വാള ഇങ്ങനെ റക്കബത്തിലേക്ക് പൊത്തിയിട്ടുണ്ട് ഇയാളെ മുതൽ ഇപ്പം ബാലൂർ ഇങ്ങനെ കെയിപ്പത്തേക്കും ഈ കണ്ടവസ്ഥക്ക് രണ്ടിന് രക്ഷപ്പെടാൻ വേണം തടി രക്ഷപ്പെടണം മുതൽ രക്ഷപ്പെടണം അയണ്ട മാർഗം ഇല്ലാ ഇല്ലെന്നായിരിക്കും ഈ രക്തക്കരിമത്ത് എന്തായി അയാളെ റക്കപത്തിനെയും കാത്ത് മാലിനെയും കാത്ത് എപ്പോ മാതാമലവും റക്കപത്തും മാലിന് അത് രണ്ടും ഉള്ള ആൾക്കോളം എന്നിട്ട് അതിന് അപ്പുറം ഉണ്ടാവില്ല ഈ റക്കപത്തും മാലും തീരുന്നൊരു അവസരമുണ്ടല്ല ഇത് മരിക്കോ മരിച്ചിനോടുകൂടി അന്നേരക്ഷം ബാലിക്കുന്ന അത് തുന്നാവിന് മാത്രമായിരിക്കൂ റക്കപത്തും മാലും വടി കാലിക്കാലി വസ്ത്രം മുക്കാത്തിനാത്ത അറ്റാജക്കൂരുന്ന് പറയുന്നത് അതുപോലെ മുക്കാത്തളത്താണ് അവർ കാറ്റു അമ്പാലും അവർ കാത്തുപോകുന്നു അല്ലെ അതിൽമത്തുണ്ട് നോക്കരുത് അപ്പൊ ജാന അസര കാലിക്ക സിദ്ധമൽമാൻ അപ്പോൾ ഈ കൗരലായാഹ ഇല്ലെന്ന എന്തിനെ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ മിനക്കാക്കാരും മാലിനക്കാക്കാരും മാത്രമേ അത്ര ചെയ്തിട്ടുള്ളൂ അയാൾ പല രക്ഷപ്പെട്ടു അതിൽ ബാക്കി പറഞ്ഞില്ല സർക്കാരം നമ്മൾ കിട്ടിയെന്ന് രക്ഷപ്പെട്ടെന്ന് ഇവിടെ പറയാം വമ്മ ലാഹൃത്തോ പരാത്തം നമ്പാൽ അവിടെയുമായി രക്ഷപ്പെടുത്തിയ മാലാടുന്ന മാത്രം വഞ്ചെയുള്ളൂ അതിവിടെ കൃഷി ചെയ്യുന്നോ ഇല്ലയോ വാലിക്ക് വലൈത ദാലിക മിനൽ ഫഖിയ അസ്വാറുൽ ഖലബും ഇഖ്ലാസുന്നല്ലാഹി തെനെ ജെർസി ഫോട്ടല്ലാണ് ഹ് യന്നാ പിന്ന ചില ഫുഖഹാസ് പറന്നല്ല ഇഖ്ലാസ് ബണുന്നല്ലല്ലോ അതൊരു പന്ന മാതിം സംസാരിച്ചു നിൽന്നല്ലോ അയത മോനാ ചില പെണ്ടങ്ങരും ഹൈൽ ഇത്തിഹാദത്തിനെ മാ പറഞ്ഞുകൊണ്ടിക്കൊന്ന് ഇന്നെ വരന്നു വച്ചി ഇസ്തിഹാത്തിനെ കൊണക്കിട്ടുന്ന് പറയാൽ അയാള് വൈദ്യശാസ്ത്രം പഠിച്ചാണ് വയനാട്ടിൽ അയാള് ചികിത്സാ മാറിയ വൈദ്യരായിന്ന് അറ്റം ബക്ക അതാ പറയുന്നത് എന്തെങ്കിലും ഇത്തേഹാളത്തിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുന്നത് ഇന്ന വെന്ത് വിളിച്ചത് മാറിച്ചിട്ടൂപ്പാണ് എന്നാൽ ഇത്തേഹാളത്തിൽ സംസാരിക്കുന്ന ഫക്കയിൽ പോയിട്ടു ബൈന്ദോ അറിയുന്നക്കുമോ അറിസ്ഥി ബോർഡർ ഫണ്ട് പറഞ്ഞു പോയി ഇന്നേ ഉള്ളൂ അതാ വൈൻ നമ്മളെ ഫക്കി അതിനെന്തായി കുറച്ച് ആഴത്തിൽ പറഞ്ഞു എന്ന് വെക്കാം എന്നാൽ ഇയാളാ ഭനിയും പെട്ട് ആയിട്ട് കലാമിലോ അടക്കം സംസാരിച്ചു പോയ ആദ്യാവുന്നുള്ളൂ പ്രധാന ലക്ഷ്യമല്ലത് ഞാൻ നടക്കുന്ന അതിഥ്യന്മാതിരി വേറെ ഊട്ടുമാറി സംസാരിക്കലുണ്ടല്ലോ അതുകൊണ്ടല്ല എന്താ പറഞ്ഞിട്ടുള്ളൂ പിന്നത്താന്നതിന്റെ ഭുക്കാതെ പറയുന്നുള്ളൂ പക്ഷെ എന്താ പറയുന്നത് ഫലാഹിന്റെ മതാർ എന്തുകൊണ്ടാണ് അടക്കുന്നില്ല ഈ സദാപ്തിയും ഹാസ്യ ഉന്നമുള്ള എന്തെങ്കിലും ഫലാഹിന്റെ മതാർ എന്ന് പറയുന്നത് ഫലാഹിന്റെ മതാറായതിന്റെ വെറുതെ സിന്നത്വങ്ങളോട് തല്ലി മണയും കെടുത്തോ വണ്ടിയും കിടക്കണ്ടാന്ന് അപ്പൊ മണയെ ഫലാഹിക്കോ മണേ ഫലാഹാക്കണ്ടെന്ന് അറിയാത്തത്രല്ല ഫീം പറയൂ നിങ്ങൾ മുഖലി ഹായാലേ ഇനി ഇപ്പൊ ഏതാണ് ഇസ്ലാം എടുത്തത് എടുക്കലാത്തു നമസ്കാരമോ പൻ പ്രതേഹി യുക്തി ബി സിഹത്തി ഒരു പ്രതേഹി കൊണ്ട് വസ്തുവ കൊടുക്കും ഇതാത്ത ബിസുറത്തിൽ ഷർത്തുകൾ ഇവിടെ ലാഹിറിലുണ്ട് ഒരു തുണി കൊടുത്തിട്ടുണ്ട് ഏഹ് കിബിലൊക്കെ മുന്നിട്ടിട്ടുണ്ട് സമയത്തിന് വെച്ചിരിക്കുന്നു ഇതെല്ലാം കാണുമ്പോ ലാഹുരു സുറോത്തുണ്ട് പക്ഷേ തഹാറത്തിന്റെ സുറുത്ത് പുറത്തു നോക്കില്ല അത് വെള്ളം നന് നമ്മ തഹാറത്തുണ്ടെന്ന് വെക്കാൻ പറ്റുമോ നനപൊന്നും ഇല്ല ഉണങ്ങിയതുകൊണ്ട് തഹാറത്തില്ല എന്ന് വെക്കാൻ പറ്റും അപ്പൊ തഹാറത്തേതിൽ പോയി ബാധി സുറൂത്തിലാവുള്ളൂ വക്കത്ത് കെമില വൃത്ത് വടക്കിലൊക്കെ നാഴിവ് സുറൂത്ത് ചെയ്തു അഞ്ചെണ്ണത്തിന് വേദനകരം ബാക്കിയുള്ളത് ഏറിപ്പണ്ണം ഗജാസത്തിന്റെ തഹാറത്ത് കൂട്ടിക്കോ നാലെണ്ണം നജീസാണല്ലോ അതുകൂടില്ല അത് കാണും ഇപ്പൊ ഡോക്ടറിൽ മാത്രം ബിത്തിനില്ലല്ല അപ്പൊ നാനുറ സുറത്ത് വെക്കുന്നുണ്ട് സുഹൃത്തുല്ല അമാൻ വെക്കത്തെങ്കിൽ എന്താ പറയാ അസഹിയാണ് തുടങ്ങിയിട്ട് സലാം പോ എന്നാലും സോക്കിലവൻ നടക്കുന്ന മാമലാത്തിന്റെ കണക്കൂട്ടലായിരിക്കും അവരുണ്ടെങ്കിൽ ഇക്കിരിക്കുമ്പോൾ നിൽക്കുമ്പോ ആ കഴിഞ്ഞിട്ട് സമയം എന്നായാലും ഇവര് വിസ് കാല സൈയാണോ കത്തമ്പ കണ്ടില്ല ഓടാന്നിലെ കത്തോ കപ്പിക്കട്ടി കൊടുത്തേക്കില്ലേ പള്ളിക്കട്ടിലേക്ക് അപ്പൊ നല്ല ഫോട്ടോ സിഞ്ചോ നമ്മപ്പും കപ്പി കെട്ടി കൊടുത്താൽ തന്നെ മെച്ചാക്കും മോനെ സ്വത്ത് ഉപയോഗിച്ചിട്ട് നെയ്ചോറ് കഴിക്കുന്നുല്ലോ നാച്ചായി ജയിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കിട്ടുന്ന നല്ല നിലക്ക് ആഗ്രഹിക്കുന്ന ഈ നിസ്കാര പഴലോകത്ത് എന്താ ഉപകാരം പറഞ്ഞിട്ട് ഏതുപോലെ കമ്മ അന്നൽ കോന്നാമത്തെ ബാബുണ്ടെങ്കിൽ കോലു കൊണ്ടുള്ള പഴലോകത്ത് ഉപകാരത്തിലെത്തിയില്ല കുഞ്ഞാവിതോ ആ അമ്പാലും ഔരതവും കാത്തു ഇതേ മാരിണ്ടാക്കി താരിക്കും പ്രജമായത്തെ അവർക്ക് ഭക്തം തട്ടായിക്കുറിപ്പുറം നോക്കി ആളുകൾ നോക്കിയിരിക്കുന്നുണ്ട് ദൈവത്തി ഓടെ ഇരിക്കുന്നുണ്ടത് ദേവത്തിൽ ഓന്നുപോലിക്കുന്നു എന്നിട്ട് എല്ലാവർക്കും മൂട്ടും പോലും ഓന്നിക്കിച്ചുകൊണ്ടാകുന്ന അവനാകത്തിന്റെ പണിയുണ്ടെന്ന് ഏതാ പണിപ്പുറം നോക്കി ആദ്യം നോക്കി എപ്പം മറ്റുള്ളതാക്കുന്നു വലാക്കിയത് യുക്തി ഹാത്തിന്റെ അടുക്കൽ പോയാൽ അത് സഹിയാണെന്ന് പൊത്തു കൊടുക്കും എന്ന് വെച്ചാൽ അതിന് വെളിപ്പെട്ടിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞ അർത്ഥം ഇയാൾ നിക്കാരായി എന്ന് പറഞ്ഞില്ല വങ്കത്തമിയ കത്തനും തഴ തീർ നിറം മോഹിച്ചതായി കിട്ടുന്ന കത്തനും താഴെ തീരുണ്ടല്ലോ അത് അയാൾ അത്രീന പറഞ്ഞം ഖുസുറുൽ കൽമോ അതാണ് അതിനെ ആമൽ ഉൽ ലാഹിറം ആ ആഖിറത്തിൽ അമലു വബിഹി യംസൗന അമലുല്ലാഹിറ അതുകൊണ്ടാണ് ലാഹിറായ അമലിന് ഉപകാരം കിട്ടുന്ന hayat കൊടുക്കുന്നದು അതാണ് അത് ലാ യതറബദുൽ ഫഖീഹു ഫഖീൻ അതിലെ ഉദ്ിക്ക പോലും ചെയ്യില്ല എന്നാണ് പറയുന്നത് ഇനി എന്താ പറഞ്ഞെങ്കിലും വറൗ തറബല മു സക്കാന ഫന്നീ മുഫ്ര ഫന്നീ തൊട്ട് പോറ്റുന്ന സംസാചുന്നേ വരുള്ളൂ ഇനി സക്കാത്ത് എടുക്ക സുൽത്താൻ ഞാൻ കൊടിക്കൂടാൻ വരുന്നല്ല എനിക്ക് ഇത്ര ആളുണ്ട് എനിക്കിത്ര ഒത്തം കണ്ട് കൊടുക്ക എത്ര ആള് ഇത്രയാളും നാൽപ്പത് ആടുണ്ട് കൊടുക്കും ഒരാട്ടിനെ കൊടുക്കും അപ്പൊ ഒരാട്ടിനെ തോൽപ്പിച്ചാവുന്നല്ല നാളെ സുൽത്താൻ വരൂ നാണക്കെ ആട്ടിന് കണക്കെടുക്കാനോ എല്ലാം കത്തി കത്തി കണികളും രണ്ടാട്ടെ കൊണ്ട് പ്രീതിയുടെ കൊണ്ടക്കേനിങ്ങനെ ആടെ മുപ്പത്തെട്ട് ആരെയും അയാൾ പറഞ്ഞ വേണം മറ്റു രണ്ടാട്ടേണ്ടത് സുൽത്താൻ മുത്താറിൽ ആകാൻ ആട്ടിലെ കൊടുക്കാൻ അവൻ ആ സക്കാത്ത് വീട്ടെല്ലാം തൊട്ടിട്ട് കൊണ്ടടങ്ങി സുൽത്താനൊക്കെ ഹെറാൻ സുൽത്താൻ ഉണ്ടാക്കി കുറിച്ചിട്ട് കൊണ്ടെങ്കിൽ ഇയാള് കൊടുത്ത കൂട്ടാക്കാൻ ആട് എടുത്തുകൊണ്ട് പറഞ്ഞാടും എന്നാലും ഇയാൾക്കു കൊടുത്തടയില്ലേ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടാ കുറിച്ചെടുത്തോണ്ട് അല്ലേ എന്നാലും ഹുക്കിം അഭിയാന്റെ അതിൽ മാത്രം ധക്കാത്തിൽ നിന്ന് അവന്റെ ഉത്തരവാദിത്വം ഒഴിവാക്കി എന്ന് വിചേരിപ്പിച്ചു ഇപ്പൊ കൊടുത്താലും എല്ലാവരും എന്റെ മനസ്സ് കൊടുത്തിട്ടില്ല ില്ല എന്നാൽ ഓ തക്കാത്ത് കൊടുത്ത് വണ്ട തക്കാത്ത് എത്തിനുണ്ടായിരുന്നു അബ യൂസഫൽ കാളുണ്ടായിരുന്നു ഓർ ഉണ്ടാക്കുന്നില്ല കാന കയ്പോ ആനവലി ലൗജത്തി ഒപ്പർ ഗുള്ള പൈസ എല്ലാം ഉണ്ടാക്കുമ്പോലോ വാശ് അതായിട്ട് കൊടുക്കും ആർക്ക് പെണ്ണുങ്ങൾക്ക് നീ പുസ്തകം കാസുണ്ടാവുന്ന കൊല്ല സാധനം അവസാനത്തി ഒറ്റ ബാറിലുമായിട്ട് കൊണ്ടു കൊടുക്കും എന്നിട്ടോ മോസ്റ്റോ ഇത് മോന ഓട പറയുന്നത് ഇട്ട പൈസ ഉണ്ടാക്കി മോട്ടിക്ക് തന്നിരുന്നു നമുക്കും തക്കാത്ത ഈ വയ്യാത്തക്കാത്തോണ്ട പൈസക്ക് പൈസ തൊട്ട് പോകുന്നു രണ്ടാമത്തെ കഥ കഴിച്ചിലായില്ലായിരുന്നു അങ്ങനെ തക്കാത്ത കൊട്ട് കഴിച്ചിലായാണ് അങ്ങനത്തെ കഥയൊക്കെ നോക്കിയ നാടികീ പറഞ്ഞു എന്നാണ് ഈ വിഷയം പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പക്കാലം മൂപ്പുറവ് താലിക മിസ്ക്കനി അയാളോട് കിട്ട അങ്ങനെയാണ് മൂപ്പുറവങ്ങനെയാണ് മത് എടുക്കാം അതെ അമിത്മാരിയാണെന്നില്ല കാരണം ഫൈനൽ ആലിക്ക് മിനിറ്റി തുന്ന തുന്നവരെ ചുറ്റം അങ്ങനെ പക്ഷെ വരാസിൽ ജനായത്തിൻ പരലോകട്ടത്തിന്റെ മന്ദർ റത്ത് മറ്റെല്ലാ അക്രമത്തിനെ അങ്ങനെ കിടക്കുന്നിട്ടേക്കും അന്നാണ് തോപ്പിക്കുന്ന പരിപാടി എന്ന് പറയാ ഇതാണ് ഹുവൽ എഴുതിപ്പെട്ടാതിന്റെ കഴിഞ്ഞാട്ടും കോയറക്കത്തിന്റെ ഒരു കണ്ടക്കല്ല അങ്ങോട്ട് എത്ര കൊല്ലായി വരാത്തിനാണ് ഇനി വാറ്റത്തെ പെറ്റും ബാസിന ബാച്ചിലും ഇണ്ടാ വേണ്ടി ഇവിടെ പിന്നീട് മൂന്ന് മാസം കഴിയുമ്പോൾ ചുറ്റോട്ട് പോയില്ല കേക്കും ഇവിടെ ഇങ്ങോട്ട് മൂന്ന് മാസം കഴിയുമ്പോ കേൾക്കും ഉണ്ടെന്ന് അറിയണ്ട ഇത്ര കാലം ഇല്ല നടത്തില്ലേ ുംറാമെടുക്കൽ ഹറാവിനെ കാക്കലിനെ നീനിൽപ്പെട്ടതാണ് ശരി അല്ലേ നിങ്ങൾ തുഞ്ഞാലെ പെടുത്തിയ അപ്പോഴത്തു പെടുന്ന രൂപം കാണാം ഹറാവിനെ തൊട്ട് കാക്കൽ എന്നുള്ളത് നീനിൽപ്പെട്ടതാണ് അപ്പൊ തുഞ്ഞാൽപ്പെടുത്താൻ പറ്റൂല കുഞ്ഞാൽ പെടുന്നത് എങ്ങനെയാണ് പിന്നെ വലാഖിനിൽ വറവിലു അറുപറാസി വറയിൽ നാല് മറക്കപ്പെടും അല്ല ഒരു അൽ വറവില്ലത് ഇഷ്ടം ഈ അദാലത്ത് ഇഷ്ട സാക്ഷിക്ക് പറ്റുന്ന ഒരു അധാലത്തില്ലേ അതിന് ഷർത്താകുന്ന ആവശ്യം ഒരു സാക്ഷിയാവാൻ എത്ര ചെറുത്ത് വേണമോ ആ ഷർത്തിൽ ഒരു വറൻ്റെ അതും കൂടെ ഉച്ചാൽ എന്താവും സാക്ഷിക്കാൻ വെച്ചാണ്ടിപ്പോ പാട്ടിലേക്ക് അങ്ങനെ വഹുവല്ലത് എപ്പോ തറുക്കിയിൽ നിൽക്കാൻ عام رأي ومشيكي لغنان الإنسان على أغنر يوم وغطو إنه يقول تلك أن أهلية الشهارة والقلائي والملايتي شاكورا نبجولا قلائي نبجولا ملايتي نبجولا نبجولا نبجولا هذا أراضا شكورا أيضا وهو اللي حترات عن الحرام النال رأي حرام يقول تلك عطا سوتيك اللذان ونام الطب الثانية ോഹീൻ സാലിഹീങ്ങളോണ്ട് കാക്കലാം പല തരത്തിലുള്ള ലജ്ജിമാലാത്ത് ഇങ്ങനാവാനും സാധ്യതയുണ്ട് ഇങ്ങനാവാാനും സാധ്യതയുണ്ടെന്ന് പറയുമ്പോ പല സാധനങ്ങളും വെക്കുമ്പോൾ താങ്ങും അതിൽ നിന്ന് ശുഭഹാസ് വന്നു ഈ ശുഭഹാത്തിൽ നിന്ന് ഒന്നും പറഞ്ഞ നോക്കാം ഹലനാവാൻ സാധ്യത ആറാമാകാനും സാധ്യത രണ്ടിനും അപ്പോ ഒന്നാമത്തത് കണ്ടുപിടിക്കാതിരിക്കാന്നുണ്ടെങ്കിൽ തീർച്ച ഒന്നാമത്തെ പേര് അതാ ഹിറായ ഹറാമല്ലേ പ്രതിമസിന് വയ്ക്കാതിരിക്കുക രണ്ടാമത്തേത് ഹരാലാണോ ഹറാമാണോ എന്ന് ഹസ്റ്റിമാരാട്ടിങ്ങനെ കടക്കുമ്പോൾ അവിടെ ശുഭഹത്വനുണ്ട് അത് ഗതാമായ ദീപത്തെ ഇരാമാല ദീപിക്കാതെ എനിക്ക് സംശയം പറഞ്ഞു കഴിഞ്ഞാൽ സംശയം ഉള്ളതിനെ ഉപേക്ഷിച്ചിട്ട് ഇല്ലാത്തതിലേക്ക് നീങ്ങി പോകുന്നു ഈ രണ്ട് സാധനം ഇത് ഹലാലോ ഹെറാം ഏതോന്ന് ഹെറാമെന്ന് രണ്ടും പണറിച്ച് മൂന്നാമത്തും നിർത്താം എന്നാ ദയമായി ഉരി വിൽക്കാം സംശയം ഉണ്ടാക്കി രണ്ടങ്ങട്ട് വിടുക ഉറപ്പായി പറഞ്ഞു കിട്ടും അത് കാൽഹിങ്ങളെ പറഹാം വക്കാല സ്വന്തമാരുടെ അരിപ്പം ഹൈദോ എന്ന് പറഞ്ഞിട്ടുണ്ട് കൽബിന്റെ ഉള്ളി എന്താ ഒരു മനസ്സാച്ചി ചൂസ് വേണ്ട എന്തിനടുക്കുന്നു എന്തിനടുക്കുന്നു ആ അത് ഇപ്പം ആ മനുസാക്ഷിക്കുത്ത് തോന്നുന്ന കാര്യം വർദ്ധിച്ചാടാന്നാണ് അതിപ്പുമായിതുകൊണ്ട് മൂന്നാമത്തെ പറയതാണ് മുത്ത മുത്താണ് അതായത് മഹലായ ഹലാൽ ഇതല്ലേ പക്ഷെ അവർ അത് വേണ്ട നോക്കും അല്ലാതെ ഇന്ന് അതാവിൽ ഹറാം അത് മുഖേന ഹറാമിലേക്ക് എത്തിപ്പോകുന്നു അത് മൂന്നാമത്തുക അനുസരിച്ച് ആരാൾ തന്നെയാണ പക്ഷേ ഇതിന്റെ മുഖേന ഒരാറാം പേരേക്ക് ചേർക്കുമോ എന്ന് പേടിച്ചിട്ട് വട നോക്കിയത് മറ്റ് ശുഭഹത്തം കാലസണ്ണല്ലാ സായക്കോർ പ്രജ്ലമിരൽ മുത്തക്കിന് ഹത്തായ മാലാ ബുസബിഹി മഹാഫഥം ഇമ്മി ബുൻ ഒരാൾ ശരിയായ മുത്തക്കിയാവൂല എത്ര വരെ യാതൊരു തകരാറുമില്ലാത്ത കാര്യം തന്നുപിടിച്ചു അതിന് തകരാറ് വന്നേക്കുമോ എന്ന് പേടിച്ചിട്ടുണ്ട് അതിനപ്പുറ തല നോക്കി ഇങ്ങനെ അങ്ങ് സമ്മതം കൊടുക്കാൻ എന്താവും അത് ആറാം ലേഖത്തിന് അത് ഏതുപോലെ എന്നറിയൂ ഉദാഹരണം ജനങ്ങളെ അഹവാലിനെ കുറിച്ചിട്ട് വളരെ കുട്ടികളുടെ സംസാരം ആ സംസാരം ഇപ്പം നടക്കുന്ന അങ്ങനെ പോയിക്കത്തില്ലാത്ത മന്ദത്തിലേക്ക് സമാപിക്കുന്ന കാണുന്നു അപ്പൊ തുടക്കത്തിലേ സംസാരം അത് തന്നെ വേണ്ട നമുക്ക് അവിടെ എത്ര മുറിക്കലല്ല അതുപോലെ ഹലാൽ തന്നെ പക്ഷെ അതുകൊണ്ടുണ്ടായിത്തീരും തെറിഞ്ഞു നല്ല നസാത്ത് വന്നിട്ട് മഹനൂറാത്ത് പ്രവർത്തിക്കലിലേക്ക് അവൻ അത് ഉത്സാഹം കൂട്ടിക്കളിയും എന്ന് വിളിച്ചു നല്ല നെയ്ച്ചോറും ബിരിയാണി വയ്ക്കാം ചെന്നു ശരി ആരാധി തന്നെ പക്ഷേ ഇതും മേലറിയോ തടിക്കു വിശാറ് വന്നിട്ട് വേണ്ടാത്ത സ്ഥലത്തിലേക്ക് നീങ്ങി ഊജം അപ്പോൾ ഈ വറയിന്റെ ഏത് മർത്തപേയ ആദ്യം ഫക്കീനിൽ വരുന്നുള്ളൂ ഒന്നാം വർത്തപേ വരുന്നുള്ള ശേഷം ഒരച്ഛ മർത്തബ്യം ആദ്യ രക്ഷ കൊടുക്കില്ല ഫക്കീന്റെ വർത്തതി വരില്ല അങ്ങനെ ജീവിക്കാൻ ഇല്ല മറുപടി പറയാം അങ്ങനെ നോക്കിയാൽ ജീവിക്കാൻ കഴിയൂലെന്ന് अरबियातु नाला मत्तबरह वरुस सिद्दीकीन सिद्दीकीन वरुहंदे वहुवल लेदा नुअमातिल्लाहि तआला अल्लाहु इल्लात मासलान कंबलीट अवगणिचितु मनब पार्याकलम अदना खौफम मिन तरफी साअतिन मिनल उम्र उम्रिल पटा अल्पा समयम बोलम अनावश्यम आय चलेवाई पोगुमो ना नोरवे इलमान आय फिद रियादति कुरबिनिल्लाहि अज्जा व जल्ला അള്ളാഹിനെടുക്കൽ കുറുബിന്റെ തിയാദത്തിന് ഉണ്ടാക്കുന്ന കാര്യത്തിലേക്കല്ലാതെ ഒരു നിമിഷം പോലും ചെലവാക്കൂയാണെന്നാക്ക് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആ വറക്കിപ്പോയി വൈകാല ആ വറ എടുത്തിട്ടില്ലെങ്കിലും ഹറാമിലേക്കൊന്നും എത്തൂലെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം ചിലപ്പോണ്ടാക്കൂ ഒരു ഹറാമും ചെയ്യൂല ഉറങ്ങിച്ചോ അല്ലെങ്കിലും വേറെന്തെങ്കിലും ഒരാൾക്ക് സമയം പോവുകയുള്ളൂ എന്ന് കണ്ടാൽ ഓർ ഉണ്ടൂല ഈ പറയപ്പെട്ട നാല് ദറാത്ത് ഇല്ല ദറജത്തുനൂരാ ഒന്നാം ദറജ ഒഴികേണ്ട ബാക്കി മൂന്നെന്താ സത്യം ചരത്തിന് പുറത്താവുന്നില്ല അങ്ങനെയാത് വൽക്കാരി സുഹൂദിന്റെ വറെ കലാലിന്റെ വറെ അതുപോലെ അടാലത്തിന്റെ കോട്ടം വരുന്ന വിറയെ ആര് ചേർത്തിയും മുക്കാൽ ചേർത്തി അത് വന്നാലേ അത് ഫസ്റ്റ് അറിയൂ വിരാളിക്കല്ലാഹ എന്ന അതുകൊണ്ട് മാത്രം കൊണ്ട് പരണാഗതി തൊട്ടേ അത് വെച്ച അതുമില്ല പാലറത്തോളും വാളും വാടങ്ങൾ പറഞ്ഞാണ്ടില്ലേ വാബി സബീസ് എന്നവരോട് കൽബക്ക നിന്റെ കൽബിനോട് നീ പത്ത് ചോദിക്കൂടുന്നു പത്തു തരുന്നാള് പലതരത്തിലുള്ള പത്ത് തരും നീ നിന്റെ കൽബിനോട് നീപ്പണി ചെയ്യാതെ ആയിരുന്നെന്ത് മസാല കഴിച്ചാലും ഓറ് മസാല കപ്പിച്ചിങ്ങനെ പറയുന്നു ചോദിച്ച മസാല പറയാം വൽപ്പക്കുരായത്തക്കല്ലൊക്കെ ഈ ഹസാദാത്തിൽ പോലോ കൽബിന്റെ ഉള്ളിലെല്ലാം ചൊർച്ചതല്ല കൽബിനിങ്ങനെ അലച്ചി കൊണ്ടിരിക്കുന്ന ആളുകൾ തെറ്റായിപ്പോയിന്നല്ലേ അതിൽ ഫക്കീൻ സംസാരിക്കൂലിയത്തിൽ അമല ബിഹ അതുകൊണ്ട് അമൽ തൈ കൈപിയും ബാൽത്തിയുമായ കഥത്തിൽ അദാലത്തി നായതായ അദാലത്തിൽ കോട്ടമുണ്ടാക്കുന്നതിന് മാത്രമേ ആരുള്ളൂ ഫക്കീൻ ചർച്ചയുള്ളൂ ഫൈൻ ജമീന ഫക്കീഹിത്തും വിത്തുഞ്ഞ അപ്പൊ ചെറുക്കത്തിൽ എന്തായി എന്നറിയോ ഫക്കീഹിന്റെ അതൊരു കമ്പ്ലീറ്റ് ദുഞ്ഞാമിനോട് ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് തിരിഞ്ഞില്ല എല്ലാ വിഷയത്തിലും എങ്ങനെയുള്ള ദുഞ്ഞാവാണ് ആ ദുഞ്ഞാ കൊണ്ടൊന്നുണ്ടാകും എന്ന നിലയ്ക്ക് തീരുമാറ്റി കടച്ചൻ കൊടുക്കാതെയുള്ളൂ ചിലപ്പോൾ ചിലപ്പോൾ സംസാരിച്ചേക്കാം فضالك يتصد في كلامه أنالابيه على كلام القرضو برنده على سبيل التطفلي هذا هو القبرت مكتبه ايتيه السنبلي التطفلي شركتك وانا ملتاة على مغلطة لأيضا ملتاة ملتاة لأيضاة مغلطة لأيضاة لا تطفلي ടക്ക് സംസാരിച്ചു പോക്കുണ്ട് അതുപോലെ ഇല്ലേ ചിലപ്പോ കാര്യം അത് അങ്ങ് ഞാൻ പാട്ടുണ്ടെന്ന് അതാ രണ്ടു ദൂരത്തിൽ സാധ്യത ആക്ക ഒന്ന് നീണ്ട കലാമെന്താക്കും കെലിമത്തെന്ന് പറയാറുണ്ട് എന്നുള്ള സാഹിതയ്ക്കും കെലിമത്തും കഥയുഗാം നീണ്ട കലാമസിനെന്താക്കും കെലിമത്ത് എന്ന് മാത്രം പറയും കലാമാവം പുറത്തവാടിന്റെ മുക്കീതായ ജംലാസ് എന്താക്കും കെലിമത്ത് എന്ന് പറയാറുണ്ട് അതിന് സാഹിതം പിന്നെ കലംദാഹ കലാന്റെ ഏഴാന്ന് പറയാൻ വേണ്ടി കലാത്തിന് ശേഷം അതിന് സാഹിതയ്ക്ക് കൊണ്ടിരുന്നു സൂപ്പ്യാട്ടം ഉണ്ടാക്കും മഴത്തല്ലോ തടിവായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അത് വിത്തമായിട്ട് വന്നോന്നേരും അതിന്റെ മഴ നോക്കി മാത്തിരുന്ന് ഏത് നൈമ്മ് കൊച്ചാലും കഴിഞ്ഞാല് അതിന്റെ കൈ പോകും ആ ഒന്നാമത്തെ മാത്തിന് അല്ല ും പെട്ടതല്ല അവർ പറഞ്ഞത് അപ്പോ അവർക്ക് വേറെ എന്നും ദാദുല്ലാഹ്രപ്പെട്ടതല്ല അവർ പോകുന്നത് കൈഫ എങ്ങനെ പടലി വത ബിതഫഖു അലാ അന്ന ശറഫുൽ ലിൽ മിൻ അമലു ബി ഇൽമിൽ ഉള്ള ശറഫണ്ടാണ് ആ അതുകൊണ്ട് അമലമുണ്ട് ഫകൈഫ യഖുലുന അന്നഹു അൽമു ഇൽമുൽ ദിഹർ വൽയാനി വസറബു വൽ ബിജാരതി വസറഫി ഇ ഇണ്ടല്ലോ ഇൽമുൽ ദിഹർ ഇൽമുൽ ദിഹർ എന്താണ് അന്തികല്ലാഹി യുമിനൊക്കെ പറയുന്നത് ന്യാന് എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് ഭർത്താവ് പറഞ്ഞാണ്ട് കുട്ടി ജനിച്ചാലും കുട്ടി എന്തെല്ലാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ശബിച്ചിട്ട് പിരിയല്ല അത് കോട്ടി ഞാൻ അതുപോലെ തലമുറ തലമുറ മുൻകൂറച്ചോണ്ട് ഇതില്ലേ ഇന്ന സമയത്ത് ഇന്ന വലുപ്പത്തിലുള്ള ഇന്ന സാധനവും ഞങ്ങൾക്ക് കൊണ്ടു തരാം കൊറച്ച് പേസിങ്ങനെ തന്നെ നമുക്ക് വേണ്ടി കുട്ടനെ പോകണം ഇത്ര കിലോം പോകണം എന്നല്ല നല്ല ഇന്നിട്ട് കുട്ടനെ ആയിരിക്കണം കുട്ടനെ ഈ തലമുറ പറ്റുമോ സ്ഥലമേ പറ്റുന്ന ചോദിച്ചോ വസ്തു കൊടുക്കുവാണ് പാലിക്കാൻ കഴിയൂലല്ലോ അല്ലേ സ്ഥലം മൂകാരത്തിന് വരുന്നേ ഉള്ളൂ ഇന്ന ഇന്ന ഇന്ന വസ്തുക്കിത് സ്ഥലമെന്നു പറഞ്ഞാൽ സാധനം കാണിക്കാതെ കണ്ട് വസ്തുമാകട്ട് വെച്ചിട്ട് മനസ്സിലാക്കി കൊടുക്കുക നമ്മൾ കിതാബിന്റെ പരസ്യം എന്താണ് ഇത്ര വരി ഇറങ്ങുന്ന ഇത്ര ചതരത്തിലുള്ള ഇത്ര ഡമ്മി വലിപ്പത്തിൽ ഇന്ന് ഇന്നും ആയിരിക്കും കിട്ടും ഇന്നും രണ്ട് പെയിൻറ് ചെയ്തത് എന്റെ വിഷയം എന്നൊക്കെ പകേണ്ട കമ്പനിയിലും അസയും കിട്ടാതെ ഏകദേശം രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഇത്ര റുപ്പ പോസ്റ്റി ആക്കി സാധനം വരിച്ചു ഇത് ചെലവച്ചോടാവും കാണാതെ കണ്ട് പൈസ അധികം കൊടുത്തിട്ട് മുറിവായോ അല്ലെങ്കിൽ പൂർണ്ണമായോ പൈസ കൊടുത്തിട്ട് സാധനം പൈസ എടുക്കലാ സ്ഥലമുണ്ട് കുട്ടിയെല്ലാം ഉറക്കുവോ ചെയ്യൂല ഞാനിങ്ങനെ പറഞ്ഞിട്ട് വന്നാൽ നിങ്ങൾ മനസ്സിലതിനെ ശരിക്ക് എന്ന കിട്ടാൻ പോകുന്ന ഒരു കണ്ടമാണ് രൂപം കൊടുക്കേണ്ടി എന്ത് രീതിയിൽ പക്ഷെ ചിലർക്ക് അപൂർവമായി പറഞ്ഞു കൊടുത്താൽ മറ്റോ തോക്കാൻ പാടില്ല കുട്ടന്റെ കളറ് പൂക്കം വെലിപ്പം അതിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ അതേ ദിവസം പരിധിയിലേക്ക് എത്തിക്കാൻ എന്ന രീതി പറഞ്ഞതിനേ വെച്ചുള്ളൂ ൂക്കം ഔട്ട് മാറാനും പാടില്ല കിതാബ് ടേബിള് മേച്ച മുതലായ പക്ഷെ എന്നാ തന്നെ ഈ കടന്നതാണെങ്കിൽ പറയുന്നില്ല നിങ്ങൾ കടന്നത് ചിലത് കിലിറങ്ങിയിട്ടും ചിലത് വണ്ണം കൂടിയിട്ടും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പറഞ്ഞു കൊടുത്തേക്ക് കൊടുക്കുന്നില്ല ചതുരത്തിലുള്ളൊരു കാലാണെങ്കിൽ ഇത്ര ഇഞ്ച് ഇത്ര വീതി ഇത്ര നീളത്തിലുള്ള ചതുരക്കാല് എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്ക് കൊടുക്കില്ല ആണല്ലേ നിലവിളത്തിൽ പറ്റില്ല നിലവിളത്തിന്റെ മണിത്തരത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റുന്നില്ലേ Like I I mm -hmm. ു അത് ചിലപ്പോ കമ്പ്യൂട്ടറിൽ പിടിച്ച് കാണിച്ചോണ്ട പക്ഷെ അന്ന് മണ്ണുമായിട്ട് കമ്പ്യൂട്ടറിൽ പിടിച്ച് കാണിച്ചു എന്ന കാണുമ്പോണ്ട് രജിതങ്ങ് ചെയ്തോ അക്കാലത്ത് അതിന്റെ തൊക ഇല്ലാത്ത കൊണ്ട് പറ്റില്ല ഇപ്പൊ കമ്പ്യൂട്ടറിൽ ഇണ്ടാക്കുന്നു അതിന്റെ ചിത്രങ്ങളിലെല്ലാം ഇന്ന പോലെ ഇങ്ങനെ കണ്ടു കൊടുക്കുന്നു സാധനങ്ങൾ ഇല്ല ഇതാണ് എനിക്ക് തരാൻ പോകുന്നത് ഏ പക്ഷെ ബുക്ക് ഇപ്പഴും സാധനം ആണല്ലോ പിന്നാലും സുഹൃത്തല്ലാന്നുള്ളൂ മയ്യാമില്ല അയാള് ചിത്രത്തിൽ കണ്ടാലും ബയ്യാമോ ഇല്ല അപ്പൊ അങ്ങനെയാണ് മാതൃക സജ്ജീകരണങ്ങളെ കൊണ്ട് പണ്ട് പാടില്ല എന്ന് പറഞ്ഞത് ഇപ്പൊ പണ്ട് നിൽക്കുമ്പോൾ പറ്റും അന്നെന്താണോ മഞ്ഞ പറഞ്ഞത് ആ മഞ്ഞെടുക്കുന്നു അതാ അപ്പൊ ഇൽമുൽ നിഹാർമല്യാണ് സലമ് ഇജാതത്ത് സർപ്പ് മുതലായ കിട്ടികളുണ്ട് ഇതെല്ലാം പഠിച്ചതാണ് അബുല മഹാദിയല്ല ഇതെല്ലാം പഠിച്ചെന്നറിയോ അന്നാദക്കൊണ്ടോ തക്കറബ് കിട്ടാൻ പറ്റാ പഠിക്കുന്നത് എന്നാ പാവ് മജുരോൻ അവന്റെ മജുരൂനും തകർപ്പ് നന്നായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ി മൽ ജവാ അമിടെ കിടക്കുന്ന തോട്ടുകളിൽ ജവാലം കമ്പും ഉണ്ടാവുന്ന അവര് ഒന്ന് കൺബിന്റെ അമ്മിലുണ്ടാകും ഒന്ന് ജവാനിഹിന്റെ അമ്മിലുണ്ടാകും ചെറുപ്പ് കൊടുക്കുന്ന സാധനത ഈ ആൽമാലം എന്നൊരു ചോദ്യം തിബും കിക്കും നിങ്ങൾ ഒക്കെ ചാട്ടി ത് ഏട്ടിലൊക്കെ പിന്നെ സലാഹുദ്ദീനിബിനെയും നിങ്ങൾ എന്താ ഒരുമിച്ചു കൂട്ടി ഏത് രീതിയിൽ ടിബ് കൊണ്ട് ശരീരത്തിന് ആരോഗ്യം കിട്ടും ആരോഗ്യം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും നിശ്ചിരിക്കാനും നോമ്പൊക്കാനൊക്കെ നല്ല ഉഷാറുണ്ടാവും അതുകൊണ്ട് തിബ് എന്തിനേക്കായി നിശ്ചരിക്കാനുള്ള വസീലയിലേക്കുള്ള വസീലാണ് നിശ്ചയിക്കാനുള്ള വസീലേതപ്പോ തടി അതിലേക്കുള്ള വസീലയാണ് ഏത് തിബ് അന്നലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നീങ്ങി പിടിച്ചു പ്രത്യേകിച്ച് ആ വാസ്യതയോടുകൂടി എത്തരത്തിൽ തിബ് പുറത്താണ് എന്നെല്ലാവരും സംബന്ധിച്ചിട്ടുണ്ട് ഈ തസ്വീയത്ത് ഉണ്ടായിരുന്ന സമാകലി മുസ്ലിം ഐജ്മായ നദിരായിട്ടുണ്ടെന്നോ എന്ന് പറഞ്ഞ ഫലം അന്ന തസ്വീയത്ത് അതിലുള്ള ആസിമത്തിൻ്റെ തസ്വീയത്താക്കീന്ന് വന്നത് കൊണ്ട് ആദ്യമായിക്കൊള്ളുന്നൊന്നുമില്ല എടക്ക് വ്യത്യാസം ഉണ്ടാവണം രണ്ടും ഒരേ രീതിയിലല്ല വന്നത് അപ്പൊ അന്നൽ സിക്ക് അക്ഷറഫും ഹിന്ദു സിംബിനാക്കാണ സിക്ക് അക്ഷറഫ് തന്നെയാണ് സംബന്ധിച്ചത് ില്ല അത് നമ്മൾക്ക് ആലോചിച്ചോക്കാല മൂപ്പർക്ക് ഇതെന്താന്ന് ചെക്കനും പിമ്പും സമാധിയിലല്ലേ ഉണ്ടാകുന്നു നമ്മുടെ നിലവിൽ ഇപ്പം എങ്ങനെയുള്ളത് അല്ല തിബ് ഹാലിസം തിഞ്ഞാ വായിച്ചാണ് ഇന്ന് കണക്കാക്കപ്പെടുന്നത് ഹാലിസം ദീനാഴ്ച കണക്കാക്കപ്പെടുന്നു ഉബ്ര പറയുന്ന ഈ സിക്ക് ഉണ്ടല്ല ഈ ബാഹുരാശത്ത് ബാഹുവാഴ്ചക്ക് വാസിറ്റ മുഖേനേ വീനിൽ പൊടുകയുള്ളൂ തിബും ആ രീതിയിൽ പൊടുന്നത് അപ്പൊ തിബും സിക്ക് തായിട്ട ഉബ്രണ്ടാക്കുന്നു അപ്പൊ മുംബൈ നടന്നു വരുന്നതിന് എതിരായി വന്നൂന്നാണ് ഈ സ്ഥലത്തിൽ ചെക്ക് പുറത്തും ചെക്ക് ഉള്ളിലും പൊടുത്ത് നിങ്ങൾ ഉണ്ടാക്കി ഉള്ളിൽ പൊടുത്തി സാധനം വാസ്യതയോടുകൂടി അവിടെ നോക്കി പുറത്തെടുത്ത സാധനം വാസ്യതയോടുകൂടി അതേ സ്ഥലത്ത് കൊണ്ടിരിക്കും കൊണ്ടാകുന്നത് അങ്ങനെയാ നമുക്ക് അറിയിച്ച തരാം മുസ്ലിം ലൈംഗികൾ നടത്തുക കൊണ്ടു വന്ന വിശ്മാനെതിരായി അതിന് പറയുന്നത് ഞാനിങ്ങനെ കൊണ്ടുവന്നു എന്ന കാരണത്താല് കസ്റ്റീയത്ത് ലാജ്യമല്ല വിത്യാസം വിത്യാസമായിട്ട് കിടക്കും എന്താ വിത്യാസം ചിക്ക്ഹിനി ചിറപ്പ് കൂടുതലുണ്ട് അതാ അന്നിക്ക് അച്ചിറപ്പമിന്തുപനാക്കാണ് ചിറപ്പുണ്ടായിരിക്കുക ചിക്ക്ഹിനി മീൻ ശതാഗത്ത അവധിയിൽ കൂടിയിട്ടുണ്ട് അന്നുഹ അന്നമിൽമും ശരൈജും ശരൈയായ ഇരുമാണേത് കാരണം ഇരുവ മുത്തപാദം ഡബൂബ നബൂബത്തിൽ നിന്ന് കിട്ടുന്ന ഞാൻ തിബ്ബങ്ങനെയല്ല തിബ് ഫൈന്റെ ലൈസം പിന്നെ എനിമിഷറായിരുന്ന അതായത് ലഭത്തിൽ കൂടിയേ കിട്ടൂ എന്ന് പറയാൻ നിർത്തിയില്ല ബുദ്ധിയോട് ആലോചിച്ചാലും കിട്ടും അച്ഛന്റെ തസ്വീയത്ത് ഏത് വിഷയത്തെ ആ തസ്വീ തസ്വീത്ത് ആദ്യ രീതി എങ്ങനെയാന്ന് എല്ലാം തലക്കുമല്ല ടിബുണ്ടായ ജസദ് കാക്കിയും ജസത് കാത്താ നിൽക്കുകയാണ് ജീവിതം അപ്പൊ നീനൽ ബിൽവാസിത്തെ നീനിൽപ്പെടും സിഖുവും ആ രീതിയിലൂപ്പുറം കൊണ്ടാണ് ഇവിടെ കുഴപ്പങ്ങൾ തീർത്താ തുഞ്ഞാവ് സമാധാനം അന്തരീക്ഷം വന്നു തുഞ്ഞാവ് സമാധാനം വന്നാൽ ഈ ന്യായ കാര്യം കണ്ടേ ഉണ്ടാവും അങ്ങനെ ഉണ്ടെന്ന് അന്നെക്കാ തസ്തു എന്തുകൊണ്ട് ഇതിനകത്ത് രണ്ടിന്റെയും ചെറുപ്പിന് പോലെയാണെന്ന് ഉറച്ചില്ല എന്നാൽ ലിജുമായി രണ്ടാമത്തെ കൊമിഞ്ഞട്ടെന്നൊന്നറിയോ അന്നു ആണ് സാലിക്കുന്ന കൂടാണ്ട് കഴിയേ ജീവിതം സനിഹായാലും ശനി മഹിളായാലും ശരി അതേ വസരത്തിന് സനീഹായ മനുഷ്യരുടെ തിമ്പ ആവശ്യമില്ലല്ല വമ്മത്തിമ്പ പലാ ഹറ്റാതെ ഇനി ഇല്ലൽ മറവാ ബഹുമില്ലാത്ത രോഗികളായ ന്യൂനപക്ഷം ആളുകൾക്ക് ആവശ്യമുള്ളൂ പിക്ക് എല്ലാവർക്കും പോണം അന്നരക്ക് പിക്ക്ന്റേതായ പാലാടുണ്ട് ഇനി വസ്ത്രാദിസു അന്ന ഇൽമൽ ഈ മുജാവിരുള്ളി തിൽമി തനിയക്കില്ലാഹ തനിയക്കില്ലാഹ് എൽമിനോട് വളരെയധികം അടുത്ത് ബന്ധപ്പെടുന്ന ഇൽമ അദ്ദേഹത്തെ കിട്ടുന്നു കാരണം ഹൊസുവർ എന്നെങ്കിലാണ് തനിയക്കില്ലാസ ഹൊവർ ശരിയാകണമെങ്കിൽ നിക്കാരം വേണം നിക്കാത്തിനല്ലേ ഹൊവർ നിക്കാരൻ ശരിയാകണമെങ്കിൽ ആദ്യമാണോ തെക്കരുതാണ് അങ്ങനക്ക് അതേ അച്ഛനെ സ്ഥിതി പോകണമെന്നില്ല لأنه نظر في أعمال الجبالي ومضطر أعمال الجبالي ومشار صفات القلوبة فالمحمور من النعمال يسطر عن الدخلات المحمورة المنجية في الآخرة والمضموم يسطر من المضموم وليس يسطر الجبال بالقلب نقرأ علم الفقه علمائي مطلع علم طريق اللازرح جب اندل ها ഏത് ഇൽമുൽ ഫിഖിലെ അഴമാനുൽ ജവാരിയിലാണ് നോക്കുന്നത് അമാനുൽ ജവാരി എവിടെ നിന്ന് വരണം സിഫാത്തുൽ കുലോബ് എന്ന് വരണം അപ്പൊ സിഫാത്തുൽ കുലോബും അഴമാനുൽ ജവാലിയും തമ്മിൽ അപേജ്യമായ ബന്ധത്തിൽ നൽകിടാ ഇപ്പൊ പൽ മഹമൂദങ്ങളിൽ അഴമാലിന്ന് തുടിക്കപ്പെടുന്ന അഴമാലുകൾ എത്തുമല്ല അഹ്ലാത്തിൽ മഹമൂദത്തിൽ മുഞ്ചിയെത്തിയിട്ടില്ലാത്തട ആഖിറത്തിനെ അച്ചപ്രദാനം ചെയ്യുന്ന മഹമൂദതായ നല്ല നല്ല അഖ്ലാഖുള്ളന്നാണ് എന്തണ്ടാൽ മഹമൂദായ ആമരണ്ടായിരാ മധമൂമാ മധമൂമെങ്കിൽ അതിനെ നേരെ വർക്കി അതുകൊണ്ട് ജവാടിയും കൽബും എന്ന ബന്ധം പോലെ തന്നെ ilmu തരീഖത്തുൽ ആഖിറയും നിഖും തമ്മിൽ ബന്ധമുണ്ടല്ലേ വാമസ്സിഹത്തുൽ മർദുക മൻഷുമാ തിഫാ സഫാഉം ബിൽ മിസാദ വൽ അഖലാത് وَمَا نَكَمِنُهُ وَصَافِ الْبَدَنِ لَا, من لا فِي وَصَافِ الْقَلْبِ يلជាصب وفي حق مرضب ரெண்டும் தன்னெண்டா மனுஷന്റെ ശരീരത്തിലുള്ള മിസാജിന്റെ കാരം ഒന്ന കൽപം ഒന്ന ജവാടിയും എന്ന നിലക്കല്ല പോകും അതാണ് കൊണ്ട് രീചാർതം ഇദാമൻ ഹൗസാഫിൽ ഖൽബി അവ ഫമഹുമ വദീഫൻ ഫിഖ്മി ഇരതിബി യഖീന പെമ്പിനേകി ദർതാ ലഹറ ഷർഫുഹു ഇബ്നി ഇല്ലാത ഷർഫാകി തളിയോ കേതിനെ തളിയോ ീമൽ തന്നെ ആഹരയും കൂടി ചേർത്താൽ ആയിട്ട് തെളിവുണ്ടാകും മഹാരാജനെ ചെറുപ്പ് ഇരുമു തെരീക്കില്ലാ ചിറപ്പ് കൂടും ആ രീതിയിലാവില്ല മൂന്ന് പന്നി സിപ്പ് ചെക്ക് തെളിയിക്കുന്ന ആക്കര സിപ്പിലേക്ക് ചേർത്താൽ ചിക് ചെറുപ്പുണ്ടാകും ചിക്കഹും ഇന്മു തരിക്കുള്ള ആഘടയും കൂടെ ഒപ്പിച്ചാൽ ഇന്ന് ചെറുപ്പ് കൂടും അപ്പൊ എങ്ങനെയായാലും ഇത് രണ്ടും തില്ല തസ്തീയത്ത് വന്നിട്ടില്ല പക്ഷെ ഒരു വിശേഷീയത്തിന് വാസത്തിനോടുകൂടി വീനിലേക്ക് ചേർക്കാം നിങ്ങൾക്ക് നേരെ അർത്ഥം വീനല്ല വേണ്ടുന്നവരിച്ചത് പൈ മുത്ത ഫസ്റ്റിൽ നീ അപ്പൊ എന്ത് വേണം ഇൽമു തെളിയിക്കൽ ലാഹർ എന്താ നിങ്ങൾക്ക് തിരികെയെന്ന് പറഞ്ഞത് അതാണ് അല്ലെങ്കിൽ പൊതു ഇൽമെന്ന് പറഞ്ഞു ഇൽമു തരീക്കൽ ലാഹറാകും നിങ്ങൾ വിശദീകരിക്കും തപ്സീലൻ നല്ലത് വിശദീകരണം യു ശീല താമീ അതിന്റെ ഹെഡിങ്ങിനേക്കാൾ വിശാർത്താക്കുന്നത് വൈകിരം യുക്തി കൃഷാവും തപാത്തിയിൽ ഈ തപ്സീലെ മുഴുവനും പറഞ്ഞു തീർത്തൽ മുൻസിലല്ലെങ്കിലും അതിന്റെ ഹെഡിങ്ങൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നത് മനസ്സിലാക്കി തരും ഈ മുതലേക്കല്ലാത്തത് കണ്ടുണ്ട് എൽമുഖാശ എൽ മുക്കാശഫ എന്തല്ല ഇവ വ്യത്യാസപ്പെടുന്ന സാധനമല്ല അത് വേറൊല്ലോ കാരണത്താൽ കളിന് കള്ള കൊടുക്കുന്നതാണ് ഒരു മരം നഷ്ടം ഉളപ്പിക്കുക അതിനെ വിത്ത്ക്കുക വെള്ളം നനയ്ക്കുക കടമറിക്കുക അതിന് വൈരി എത്തുക മുതലായവരിൽ ഇവന്റെ കശ്മിൽപ്പെട്ടതാണ് പലങ്കായ്ക്കാന്ന് പറഞ്ഞെന്തെല്ലാം ഇവന്റെ കശ്മിൽപ്പെട്ടതല്ല ിൽമുൽ മുമയോ അതുകൊണ്ട് ഇവർ തന്നെ അമൽ ചെയ്യാനുണ്ടാവും വായപ്പും മറ്റുള്ള വായത്തെ അവിടെയാണ് പക്കതുക്കാതെ പറഞ്ഞു മല്ലം നസീമും നിന്നുള്ള ഒരംശമുരത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഭയപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട് ിൽ നിന്ന് നസീബിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ സദ്യ ആ തീപി അങ്ങനെ ഒന്നുണ്ട് വിശ്വസിച്ചെങ്കിലും പറഞ്ഞു ഈ പഠിച്ച് മാത്രമൊന്നുമല്ല വേറെ പല ഒരുമുണ്ട് വിശ്വസിച്ചെങ്കിലും പറഞ്ഞു അപ്പൊ ആ തസ്തിഹനി അതിന് അവകാശപ്പെട്ട ആളുകൾക്ക് അത് നിങ്ങൾ വലവെടിച്ചു കൊടുത്തേ നീ കിട്ടിയില്ലാന്ന് വിശദിക്കണം കണ്ടാകുന്നു മക്കാലല്ലാസവും ആഹ് വേദമുട്ടർ പറയുന്ന മൺകാണിത്താടി രണ്ടു കാര്യം ഒരാളി ഉണ്ടെങ്കിൽ ഈ ബാറ്റിനായ എരുമിൽപ്പെട്ട ഒന്നും അയാൾക്ക് തുറക്കപ്പെടൂല്ല എന്ന് പറയും ഒന്നുണ്ടാകും ഒന്ന് വിദ്യാർത്ഥി രണ്ട് കിബിളും ഈ രണ്ടിൽപ്പെട്ട എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇരുമിൽ മുക്കാട്ടുമണിക്ക് തുറക്കുക പിള്ളേർക്ക് പുരുടാണ്ടെ വക്കീല മറ്റൊരാൾ പറഞ്ഞു മൻകാർപ്പൽ ദുഞ്ഞ നിന്നെ മുഹിമ്പായിട്ട് കഴിയുന്ന ആളുണ്ടെങ്കിൽ അവർച്ചു നിൽക്കുന്ന ആളുമാണെങ്കിൽ ഉണ്ടാവില്ല വക്കതി അസഹക്ക കി തായുടെ രൂപ കൊണ്ടെല്ലാം അയാൾ വലിയ ഉന്നത പദവിയിലെത്താം ഇത് ഇൻകാറാക്കുന്ന നിഷേധിക്കും ഒരാൾക്ക് കിട്ടുന്ന ചെറിയ ശിക്ഷൻ തന്നോ അന്നാൽ നീ ഇൻകാറാക്കിക്കൊ നീക്ക് തരൂലെന്ന് പറഞ്ഞത് വേറെ ഒരു ശിക്ഷം കൊടുക്കണ്ട അതിൽ പറഞ്ഞിരിക്കൂലൂല അതിന് തരൂർ വർള നീ പൊരുത്തപ്പെട്ടോ ലിമൻ കാണൽ നിന്നെയും വിട്ട് മറിഞ്ഞു പോരാക്കി നിന്നെ കുട്ടിട്ടൊരാൾ തിരിഞ്ഞു പോയി നിന്നെ വേണ്ടാന്ന് വെച്ച് ഒരാളെ നദി കുളത്തിനോട് നിശ്യം പിടിച്ച് ഞാനിവിടെ കുളിക്കുന്നില്ല സന്ധ്യുന്നില്ല ഒറ്റ പോട്ടു എന്നാൽ ഈ വെള്ളത്തിന് യാതൊരു കുഴപ്പമില്ല ഓനെ നന്ദി കിടക്കാൻ ഇന്നേ ഉള്ളൂ ബാലയും കൊടുക്കണ്ട ഓൻ ചളി വെച്ച് നടക്കട്ടും കാബ എന്നുള്ളത് നൈബത്തൊന്ന് മാസം പറ്റില്ലേ അങ്ങനെ പരിപാടി തെറ്റിപ്പത്തേക്ക് കാണിച്ചത് ഞാൻ ഓടാണ്ട് ഇങ്ങനെ വില ചെയ്തിട്ട് കണ്ടാ തെറ്റിച്ച് വാമ്പാമെന്ന് റീബസ് പറഞ്ഞു എന്നിട്ട് റൈബത്ത് വാങ്ങിക്കേണ്ട സ്ഥാനത്ത് റീബത്ത് അതിന് മസ്ത്രം കൊടുത്തു ഓണ്ട റേബത്ത് വെറ്റാക്കി കൊടുത്തേ ഒന്നാക്കുമ്പോൾ ഓൺ ചെയ്തത് തെറ്റാന്ന് ഇക്കാതെ നോക്കി ഓണ്ടി തെറ്റ് ഒക്കെ കിട്ടു അതായത് ഇഷ്ടം റീബത്ത് വന്നു റീബത്ത് കൊടുത്തേ ഓൺ ചെയ്ത തെറ്റാന്ന് തിച്ച് ഒനിക്കൻ്റെ കിട്ടു അതിനെ പാട്ട് നിന്നെയും പെട്ടൊരാള് എന്നെന്താക്കി അയാൾ പോക്കൊണ്ടൊന്നും വരാനില്ലാന്നാ പറയുന്നു ഇന്ന് പറഞ്ഞ മാതിരി ബാസിനാജ് എൽമൻ ഒരാൾ തള്ളി പറഞ്ഞാൽ മോൻ ആസ്വദിക്കാൻ കഴിയൂലെ ഇതിന്റെ അധികാർക്ക് വല്ല ഉറപ്പുണ്ടാവും അപ്പൊ അത് ആ കമ്പൻ ഇത്ര ആ മറഞ്ഞു പോക്ക് എന്നുള്ളത് തന്നെയാണ് ഒരു കമ്പാന്ന് അതിനെത്തിച്ച ഒന്നെ അനുഭവിച്ചു മറഞ്ഞുപോക്കുകൊണ്ട് നിന്റെ കൊണ്ട് കിട്ടുന്ന ഉപകാരം കിട്ടാണ്ടായി هذه باطنا ينبه على علم الصديقين <سؤال> بالمقربين مقربين لديهم صديقين يلمعون اذا عيني الملقى تضرب لما شرچا عندها بهواه مبارت النودي يذهب في القلب عند صفيه وتزكيه من صفات المذمومه عندها يبقى കൽബിനെ എന്താക്കി മദമ്മത്തായ സിഫാസിനൊട്ട് തകീയത്താക്കി തപഹീറാക്കി കഴിയുമ്പോൾ കൽബിന്റെ ഉള്ളിൽ ഒരു നൂറ് ഒളിപ്പെടും ആ നൂറ് കൊണ്ട് ഉണ്ടാക്കിത്തീരുന്ന ഒരു ഇൽമാണിത് മുഖാഫാന്റെ എൽമെന്ന് പറഞ്ഞ സാധനം അതുകൊണ്ടാണ് പറഞ്ഞത് തപഹീറിനെയും എനിക്ക് സാധിക്കുകയുള്ളൂ ഇരുമുണ്ടാക്കുന്ന ഈരെന്നുള്ളത് വയങ്ക ശിഹിമി നാണിക്കന്നൂർ ആ നൂറ് കാരണത്താൽ മുങ്കശിപ്പാഗന്നൂം കസീറത്തും ധാരാളം കാര്യങ്ങൾ എനിക്ക് തിരിഞ്ഞിട്ടുണ്ടാകും എങ്ങനത്തെ കാണേസ്മൊക്കെ ഒരു മുൻകാലങ്ങൾ ഇവൻ കേട്ടിട്ടുണ്ടായിരുന്നു അസ്മ അതിന്റെ പേരുകൾ അതിന്റെ ഇസ്മ മാത്രം കേട്ടിരുന്നു ആ ഇസ്മുണ്ട് മുത്തമ്മുണ്ടാവൂലെ സംഗതി യഥാർത്ഥം അതിവെന്നെ ആസ്വദിച്ചറിയാൻ കഴിയുന്നു ആ അന്ന് പറഞ്ഞ ഇതാ നിലയിൽ എന്നിട്ടോ ആദ്യകാലത്തിന് പേര് കെട്ടിരുന്നുനഹ മഹാനീയ മൂജ്മലുഹ അവ്യക്തമായ മൂജ്മല ചില മഹാനികൾ അവൻ തവഹുമ ചെയ്ത് വെച്ചിട്ടുണ്ടായി നിന്നതായിരിക്കും എന്നൊക്കെ ആ ഗുഹാഭാവങ്ങളൊക്കെ മാതിര യഥാർത്ഥങ്ങൾ പതാത്തതാക്കാം ഈ മഹാനികൾ എന്താകും ഈ നൂറോളവിടങ്ങൾ തെളിഞ്ഞുകൊടുക്കുന്നു വ്യക്തമായി ഹത്തുരൽ আল্লাহুন্নে নাత్తు কন্ঠে হাকীকিয় আলিম আলিমাতু ইন্না বাহুমুন নিবি উবিতিফাতুহুল বাকিয়াতিত তাম্মাতি আদওয়াল্লাহুন্নে তামমাতায় বাকিয়াতায় সিফাতুলা কন্ঠে পরি প্রত্যেক অরিভু যিকামুবা দিয়াত আদে ইল্লু আমবি আকানি আল্লাহুন্নে আকাদালা কন্ঠে লল অরিভ ওয়া বিহুকুমহি ফি খালকিহি হিকামহি ফি খালকিদ দুনিয়া ওয়াল আখিরাহ ദുഞ്ഞാവും ആസവും സൃഷ്ടിച്ചതിനുള്ള ഹിക്മത്തുകൾ എന്തൊക്കെയാണെന്ന് എന്താണല്ലെങ്കിൽ അത് പറച്ചു ഇങ്ങനെ തർക്കീബാക്കനും രമ്യാ കളാക്കനും ഒരു ഗിറ്റാപറക്കനും എന്തിനാ ഈ തർക്കീപഥ ആദ്യ അപ്പോ തർത്തീബി എല്ലാവിന്റെ മേലിനെ ആ സിനിത്തീതി തർക്കീബാക്കിയിൽ കൊണ്ടുവന്ന ആദ്യം ദുഞ്ഞാവ് ഉണ്ടാകുക പിന്നീട് ആസന ഉണ്ടാകുക ഇതെന്താ തർക്കീബാക്കിന്റെ ബജി ഇതെല്ലാം തിരിയിലേക്ക് നോക്കി ചെയ്യും അള്ളാഹുവിനേക്ക് നോക്കും தென்ன மொட்டதிலாயிலாஹ ஹல்லாஹு வர்னதா வல் மாரிஃபத் பிமானன் நபூவதி மத்த நேதா முஹம்மது ரசூலுல்லாஹி இன்தே மினில இதுரோ நுகரா நபூவதின் மெயனேண்டா நபி என்று சொன்னானே எண்டா ஒரு பதவி எண்டா ஒரு ஆ மயனா வமானல் வஹ்யின மெயனேண்டா வமான ஷைத்தானென்ன வந்து மெயனேண்டா வனா ரஃபில் மலாயிகத்தி வஷயாதீன் மலாயிகத்தி ஷயாதீன் எற்கா பன்னே முسمىண்டாகுல இது மயனா அது எண்டா വക്കൈക്കീറ്റ് മഹാദാസിൽ ഇൻസാൻ ഇൻസാനിനോട് ചൈത്താ മാറി എങ്ങനെയാണ് സത്വത പ്രകടിപ്പിക്കുന്നത് അവന്റെ പകപോക്കലുണ്ടല്ല അതേത് രീതിയിലാണ് ഇവിടെ നടത്തി വരുന്നത് വക്കൈറ്റിന് മുഹൂരൽ മലക്കിലില്ല അമ്പിയാക്കൾക്ക് മലക്കുകൾ വാഹിതാവുന്ന രീതി എങ്ങനെയാണ് വക്കൈക്കിട്ട് മുസൂരൽ വഹ്യയിലെയും വഹിയ എങ്ങനെയാണ് ഇവരെ കൽബിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെ കൽബിന്റെ ഏത് മഹലിലാണ് വഹ്യെന്ന് പതിയുന്നു വൽ മആരിഫതു ബി മൽക്കൂതിസ് സമവാതി വല്ലഹു ആഗാത മുഅ്മിന മൽക്കൂതി എന്ന് പറഞ്ഞാൽ എന്താണ് വ മആരിഫത്തുൽ ഖൽബിന്റെ മആരിഫത്ത് എന്താണ് വ കയ്ഫ തസാദു മുജൂദുൽ മലായികത്തി വക്ഷയാതിനി ഫീഹി മലായികതാകുന്ന പട്ടാളക്കാരും സൈത്താനമാർ പട്ടാളക്കാരും നമ്മിൽ ഇടു നടക്കുന്നിടേ അവരുടെ കൽബന്റെ ഉള്ളിൽ ആൾക്ക് നടക്കുന്ന രീതി എങ്ങനെ വ മആരിഫത്തിൽ ഫർഖു ബൈനൽ നമ്മത്തിൽ മലക്കി വ നമ്മത്തിൽ സൈത്താൻ കൽബினുള്ളിനി ഓര തോളിപ്പിക്കുന്നണ്ടല്ല ഇനതു ചെയ് ഇനതു ചെയ്യുന്നകൊണ്ട് ചെയ്യാലും ഹൈറോണ്ടും നോമിപ്പിക്കുന്നത് അത് വേർതിരിക്കുന്നത് എങ്ങനെ മുതലായവ സംബന്ധിച്ചുള്ള അറിവ് എന്നൊരായുണ്ട് നിന്റെ കിതാബ് നീ വായിക്ക് وَنُخِدَجُ لَهُ يَوْمَ الْقِيَامَةِ كِتَامًا يَلْقَاهُ مَنْشُورًا إِقْرَى كِتَامَكَ كَفَى بِنَفْسِكَ الْجَوْمَ عَلَيْكَ حسيب آنور. حَسِيبًا آنَوَرًا هذا يجعل صب من هنا كتابة وإن المنزل ميزة كتابة وإن المنزل من هناك فروتنا لك من هناك حسيب إذن يعمل من هناك سجيا وياكها من هناك ുംറു തും വെച്ചിട്ട് ഒന്ന് ജീവിക്കുന്നു ഒന്ന് ചവായിച്ചാണ് അള്ളാഹുസിൽ ഒന്നിച്ചത് ദാരുള്ള ആക്രേതാ ജീവനുള്ള വസ്തു എന്നാണ് അതായത് വ്യത്യാസം എന്തുകൊണ്ട് ഇത് ചവായി എന്തുകൊണ്ട് അതിന് ഹയാത്ത് വന്നു അതിന്റെ ഹയാത്തിന്റെ വധികൾ എന്താണെന്ന് وما أنا لقاء الله يزا اللّ وجل الله وأنّم إلا وجهه الكريم اللهم يلقاء ونككل موكل لنما منينا أرسمن دانو إذن أنه يكون لدينا أجانا لنما ينطل وما أنا القرب منه والنزول في جباله الله النسان يددت الله ونفتشرني اللهم يألتتو لنما القرب إنما أنا ينطل ما كان يقوله ملل له وما أنا حضور التعادة بمرافقة المنى إلا إلا വമുകാരനത്തിൽ മലായിക്ക തിമ നബിൻ മലക്കൽ നബിമാറു അതുപോലെ മലുല്ലാന അവരമാല്ല സൗഹാർദമന്ദം സാദിച്ചുകൊണ്ടുള്ള സഹാദത്ത് അ റസൂലു സഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വമന തബ മുദി ദരജാ തയാഹി ജിനാദി ഹത്താ യറാബഹുൽ ബഅ്ദ സ്വർഗ്ഗത്തിന്റെ അവകാശികളുടെ ദരജാ ഇങ്ങനെ അടി അടി ആടാനുണ്ട് അപ്പൊ ഓരോരുത്തരും പരസ്പരം കാണുന്നു അതുപോലെ താഴെ നിൽക്കുന്ന ആൾ ആകാശത്തിന് അക്ഷത്രം കാണാനുള്ളതുപോലെ മോനില് മോളിലുണ്ടാണെങ്കിൽ കാണില്ലേ ഈ കാണുന്ന രീതിയിൽ അതാണ് കമായറൽ കൗകബൽ ഇതാ അറിയാലും ഈ ഇങ്ങനെ ഇമ്മ എത്തുമോ തസ്തീര് പോലെ തസ്തീര് ധാരാളം പറയാനുണ്ടെന്ന് അങ്ങനെ പോകുന്നു അബ്റഹിമവരെല്ലാൽ അത് ചിത്രവാന്നു വായന എന്താണ് ഖദറിന്റെ വായന എന്താണ് കഥാവിന്റെ വായന എന്താണ് ഇത് മഹാനിഹാ കാരണം എൽമിന്റെ ഹരികാരായ ജനങ്ങൾക്കുണ്ട് ഇത് നിനക്കുണ്ടെന്ന് തസ്തിക്കാക്കി വെച്ച് അത് കണ്ട് ഇപ്പ കണ്ട് നമ്പതിന്മാരെ പണ്ട് ഇടം കൊടുക്കലുണ്ട് ഇഷ്ട കൊടുക്കലുണ്ട് പക്ഷെ എന്റെ ശരിയായ രീതി നമുക്ക് ചെയ്യുന്നുമില്ല വിശദം പോയിക്കണ്ട വിചാരിച്ചിട്ടല്ല അത് ആദ്യം പറയാൻ കണ്ടിരിക്കുന്നു നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ നൂറ് വശത്തോടുകൂടെ ഇന്ത്യക്ക് പോയില്ലേ അതിന് പല തരത്തിലുള്ള മക്കാൻ മാത്രമുണ്ട് ബാധവും ജറാ അന്നഗമിയതാടിക്ക് അന്തിലത്വം ചിലർ കാണുന്നെങ്കിൽ എന്നറിയോ ഇതൊക്കെയോ മിസാലുകളാണ് അന്നല്ലുവാൻ വല കാല ക ഇതൊക്കെ പതിനേഴാം മതി മിസാലുകൾ മാത്രമാണ് എന്നല്ലാണ്ട് സാലിഹ്യങ്ങളാണ് ഇബാതിന് അമ്മാഹുത്താൽ ഒരുക്കിയത് ഒരു കണ്ണിന് കാണാത്തതും ഒരു കാതന് കേൾക്കാത്തതും ഒരു കൾ വിലോദിക്കാൻ പോലും കഴിയാത്ത ഇനിയും അപ്പുറമാണുള്ളതെന്നാണ് ചിലത് പറയുന്നത് ജന്നത്തുമായിട്ട് പടപ്പുകൾക്ക് എന്തേ ഉള്ളൂ ആ സിഫാത്തും അസുമാൽ തന്നെ കേൾക്കാൻ നല്ലതാണ് അതരാത്തം കിട്ടുക എന്നാണ് ചിലത് പറയും അത് പോയി അസുഖിക്കാനേയുള്ളൂ ുംറ അന്ന ബാധ അംസിത ബാധ യുവാക്കൾ ഹക്കായി മക്കോ മത്തമ്മന്റെ അൽപ്പാദിക്ക ചില അഭിപ്രായം എന്തോ ചിലത് മിസാല നേരത്തെ ജമീനം വിസാല എന്നാണ് ചിലത് വിശാല അത് ചിലത് അതിന്റെ ഹക്കായിക്കുമെന്റ് ഒത്തു നിന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ വക്കദാലിക്ക് വക്ക ബാധുമെന്ന മുന്താ മാനിപ്പതില്ലേതല്ല അള്ളാഹുവിന്റെ മാരിഫത്തിൽ നിന്നുള്ള മുണ്ടാൻ താന്നറിഞ്ഞോ അല്ലെങ്കിൽ എത്തദാഫും ബിൽ അരിപത്തി അള്ളാഹുവിനെ അറിയാൻ കഴിയൂല എന്നുള്ള തോൽവി സമ്മതിക്കലാ എന്നുള്ള ആ ചന്റെ മാരിഫത്ത് എന്ന് പറഞ്ഞവരുണ്ട് അൻ അധീമത്തം പിൻമാലിപത്തില്ല ചിലരോ ബമ്പിച്ച കാര്യങ്ങൾ വാദിക്കാറുണ്ട് അന്താനെ കൊണ്ടുള്ള മാലിഫത്തിന്റെ വിഷയത്തിൽ ഓർക്ക് തോറ്റു കൊടുക്കുന്ന പ്രശ്നമില്ല ഇനിയും കാണാൻ അവസാനം ആ ഹറ്റുണ്ടല്ലോ ഹദ് അത് അവാമല്ലാസിന്റെ ഏറ്റുക്കാത് എവിടത്തേക്കാണ് എത്തിച്ചേർന്നത് അവിടുത്തെ അത് അവിടുത്തെ കന്യം ബഹു അല്ലഹ് മോജൂദും ആരിമും കാതുകളും സമീനം ബസീറും മുത്തക്കല്ലിമും ഇതാണല്ലാതെ മനസ്സിലാക്കിയത് ഒന്ന് മോജൂദ് എന്ത കുതിരത്ത് തമിഴ് മസഡ കലാം എല്ലാം ശേഷി എൽമിന് ശേഷം കുദ്രത്തുണ്ട് ക്ഷമിയാണ്ട് വസിയാണ്ട് പിന്നെ ഇറാദത്തിൽ ആയ കാണില്ല ഇറാദത്ത് അസീസിൽ നിന്ന് മനസ്സിലാക്കാനേ കഴിയും അതുകൊണ്ട് പല അനിയൽമിൽ മുഖാറ്റ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നു എന്താണെന്ന് പറഞ്ഞോ ആ ഇഞ്ചിയർത്തത്തിന് ഇപ്പോ കൽബിന്റെ മുമ്പിലുള്ളൊരു മറ അങ്ങിട്ട് പോകാറുണ്ട് ഈ മായ രോമം പിന്നെ കൺഭാഗം നാടി മുൻ തമ്മിലെ എല്ലാം ഉള്ളതുപോലെ സാധനം നിങ്ങൾ കാണുകയാണ് തത്ത നിഹരം ആദി എന്നേ അത് ഈ ഉമ്മൂരിനെല്ലാം എന്താക്കുന്നു ഹക്കമായ ശരിയായ അതിന്റെ ആ കഥാപ്തി വശം വെളിപ്പെടുക യുക്തിവാഹൻ ഒരു വെളിപ്പെടൽ മധുര കണ്ണുകൊണ്ട് കാണാകുന്ന പാകത്തിനെന്താകുമെൻ്റെ കമ്പനി അത് വെളിപ്പെടുത്താം അല്ല ആ വാഹനങ്ങൾ തന്നുണ്ട് നമ്മൾ കാലം മനസ്രോഹിച്ചു വെച്ചത് ഇങ്ങനെയാണ് അല്ല നീ രാശിക്കൊക്കെ മധുരല്ല ഞാൻ സംശയമില്ല ഇതുപോലെ തന്നെ അതങ്ങനെ സാധിക്കുമെന്നും മഹാദാ മുൻകിനം ഈ ജൗഹരൽ താൻ മനുഷ്യന്റെ ജൗഹരലത്ത് മുൻകിനായ സംഗതി തന്നെയാകുന്നു ി കത്തറാകമ സതമുഹാവൂഞ്ഞാവിന്റെ കട്ടറകളെ കൊണ്ട് അതിന്റെ കറകെട്ടുകയും ക്ലാപ്പ് പിടിക്കുകയും കൽബ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് വളരെ എളുപ്പമാകുന്ന കാര്യമായിരുന്നുള്ളേനേ ഈ കറങ് നീരണം കറാങ്ങൾ തഴിഞ്ഞാൽ കണ്ണാടി കാണുമ്പോൾ വരാമെന്ന സാധ്യത ഏറ്റവും ഉള്ളത് കൽവിന്റെ വരെ ഉള്ളിലുള്ള വിചാര വികാരങ്ങൾ വരെ ഓടെ അവിടെ ഇപ്പൊ കഴിച്ചാൽ പറഞ്ഞുകൊണ്ട് കൽപ്പില് വികാര വികാരങ്ങൾ സാധാരണ മാനവിക്കാത്ത അത് കൽബിന്റെ ഉള്ളിൽ ആ കൽബുണ്ടപ്പ വെച്ച് ഒരു ബോറോ കഞ്ചിത് വെച്ച് അതിന്റെ മോഡ വാഴ ഇതിൽ വെച്ച് ഇറച്ചി മുമ്പോട്ട് കോതുകൊണ്ട് പൊന്നിച്ച് കുഴിഞ്ഞു ഈ നൂടാനത്തെ കൊണ്ടി തമ്മിലെ എക്സരെ കൽപ്പിന്റെ ഉള്ളി നടക്കുന്ന കണ്ണിൽ കാണാത്തതും കൽബ അകത്തുള്ളതും കങ്കുണ്ട് കണ്ടെ ഉൾക്കാണ്ടെന്ന് അതാണ് ഇൽമൽ മുക്കാശഫ ആ ഇൻമൽ മുക്കാശഫ കിട്ടണമെന്ന് എന്താണ് ഇൽമു തരീച്ചൽ നാ ഹൃതമാണമെന്നാ പറയും അതിനാൽ ഈ മുക്കാശഫ ഉണ്ടാകാൻ പാട്ട് കൽബിനൊന്ന് കളിയാക്കിയിട്ട് ഇങ്ങനെ പോളിച്ച് അതിന്റെ കണ്ണാടി തെളിയിക്കുന്നുണ്ട് ആ കണ്ണാടി തെളിയിക്കാൻ ആവശ്യമായ പണിയാണേത് വൈനമാനെ നൊക്കറോട് ഉദ്ദേശിക്കുന്നത് ആയിട്ട് ഈ കൽബാകുന്ന കണ്ണാടി എന്താക്കണം അതിനെ ബാധിച്ചെല്ലാ കഥകളൊക്കെത്തും നിങ്ങൾ വൃത്തിയാക്കാനുള്ള ആവശ്യമായ ആ പണികൾ കേൾക്കുന്നു അതിനെ ശുദ്ധീകരണം എങ്ങനെയാണെന്നുള്ളതാണ് ഇൽമു തലീഖിൽ അഹള എന്ന് പറഞ്ഞത് അല്ലത്തി എങ്ങനെയുള്ള ഹിജാബായി കിടക്കുന്നതാകുന്നു ഹിജാബ് അത് തന്നെയാകുന്നു അപ്പൊ ഹിജാബ് ഉയർത്താൻ ആവശ്യമായ പണി ഇൽമു തരീഫിൽ ആക്കല അങ്ങനെ കിട്ടുന്ന എന്തുകൊണ്ടാണ് ഇന്നമുട്ടിട്ട് ആദ്യമായിട്ട് തടഞ്ഞു നിർത്തലി തന്നെ അതേതായി യും അമ്പിയാർത്തങ്ങളെ കൊണ്ടുള്ള ഇത്തി രണ്ടാമത്തെ കാര്യം എന്തിലേക്ക് അഹബാലിയും മുഴുവൻ വല്ല കൊടുത്തു ചിലതിലെടുത്താൽ ചിലരും കണ്ടാകുന്നില്ല ജമി അഹബിനും അപ്പൊ സഹവാസിയേക്ക് ഒരു ഭാഗം അപ്പൊ കഥമായ കൽവിൽ നിന്ന് എത്രയാണോ ഇങ്ങനെ കറ നീങ്ങി നീങ്ങി നീങ്ങി പോകല്ലോട്ടി അപ്പോൾ അത്ര കണ്ടെന്താകും ഹക്കിന്റെ ഭാഗത്തേക്ക് മുഹാദിയെ നീങ്ങി നിൽക്കും നിൽക്കുമ്പോൾ ഇത്ര കണ്ടിടപ്പതിയും ഹക്കിന്റെ ആ ഹക്കായിക്കുകൾ ഇതിനകത്ത് ചടങ്ങുകൊണ്ടു വരാതെ കൊണ്ടല്ലാണ്ട് അതിലേക്ക് സാധ്യമല്ല എന്താ ഇയാത അല്ല ഇയാളെപ്പറ്റി പറയേണ്ട സ്ഥലത്ത് മൂന്നാം ജ്യതിലാണ് പറയുന്നത് അവിടെ നാടിന് വിശദമായിട്ടെന്ന് പറയുന്ന അവർക്ക് മൂന്നിനു നാലിനെ ജഹമാൻ മുഞ്ചിയ തന്നെ അപ്പൊ ഇല്ലാതിരിയാളൊന്ന് വബിൽ നിരുന്നിവാനീ ഇന്ന് പഠിക്കലും പഠിപ്പിക്കലും അതുകൊണ്ട് അത് മാതാവ് നടക്കണം മഹാദേഹിയൊരു സ്വത്തു ഈ പറയപ്പെട്ട കാര്യങ്ങൾ കിട്ടാതിൽ എഴുതി കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത എൽബാകുന്നു കേൾക്കിയെങ്ങനെ വന്നു കൊടുക്കാം അന്നാൽ എടുക്കാതിന്റെ കേലാകൾ എങ്ങനെ എഴുതിക്കാണ്ട് പറഞ്ഞിട്ടാണ് കണ്ടറിയേണ്ട സാധനം കണ്ടറിഞ്ഞ ആസ്വദിക്കേണ്ട കാര്യം എഴുതി കാണിച്ചു കൊടുക്കാൻ ജീവിതല്ലോ അത് സംസാരിക്കും മാതൃശ്യം ഇനി മതിർക്കുന്നതെന്ന് പറയാമെന്നല്ലാണ്ട് മാധുര്യം എങ്ങനെയാണോ പരിശോധിച്ചാൽ അന്ന് അറിയുന്ന ജീവിതം വലാത്ത ഹദ് അതുകൊണ്ടെന്നാൽ ഈ അറിഞ്ഞാക്ക് പറയാനും പറ്റൂലേ അറിഞ്ഞാക്ക് പറഞ്ഞിമാറത്തുകൊണ്ടേ അതിനക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അനിമാറത്തില്ല ആരെയും മണ്ണമു ആരെയും ഈ പറഞ്ഞപ്പെട്ട ഔരോഗ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അള്ളാഹുത്താനും ഒരാൾക്ക് നേമത് ചെയ്ത് എന്നാൽ അതുകൊണ്ട് പറയണമെന്നെങ്കിലില്ല മഹാനജിഹി അത് പറഞ്ഞാൽ ഇരിക്കുന്നതിനോടല്ലാണ്ട് പറയാൻ പറ്റൂ സബീർ എൻ മുതാക്കറത്തി ആരാണ് ഈ അഹിരാജാണ് ഈ മുഷാരിക്കൽ മനുഷ്യൻ ഇവർക്ക് കുറെ തിരിഞ്ഞു മറ്റൊരിക്കും കുറെ തിരിഞ്ഞിട്ടുണ്ട് ഈ തിരിഞ്ഞാൽ തിരിഞ്ഞാൽ തമ്മിലുണ്ടെങ്കിലും ആ സബീർ മുതാക്കറാക്കാനല്ലാണ്ട് തിരിയാത്തവർ എന്ത് പറയാനെന്ന് ഇത് ഒരു എയർപോർട്ട് കാണാത്ത മനുഷ്യനോട് ഗ്രീൻ ചാനൽ മറ്റാണ് മറ്റേ റെഡ് ചാനൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ തിരിയെന്ന് പറഞ്ഞത് എയർപോർട്ട് ഉള്ളു കണ്ടിട്ടില്ല ഇതുവരെയും ടെ ഗ്രീൻ ചാനലുണ്ട് അവിടെ മറ്റോ ഒന്നുണ്ട് ഇഞ്ഞ് നീക്കുന്നുണ്ടൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ അക്റാന്റെ കരിയത്തിൽ കൂടി അവിടെ പരസ്യമായ വാക്കുപയോഗിച്ച് ഓർമ്മ പറയൂല وهذا هو الإلم الخفي إذا ندهت يمال إلمتن البردن الذي أراده صلى الله عليه وسلم <تصفيق> إن من الإلم كعيئة المكنون إلم الفرطة تنظر إذا ما رجبك فرطة المتنفوة لعيش هذا المنظر لا نعلمه إلا هلمعرفة من الله تعالى الله صلى الله عليه وسلم معرفة أهل الرابع لأن دريا سيء لا نظر അവർ അതുകൊണ്ട് സംസാരിച്ചാൽ ഇല്ലാറില്ല കൊണ്ട് ചതിയിൽ പൊട്ടുപോയ കൂട്ടറുണ്ടല്ല എല്ലാം തിരിഞ്ഞിട്ട് ഒന്നും തിരിയാത്രണ്ട് അവരെന്താ നിഷേധിക്കാൻ ഇല്ല അവരെയും അങ്ങനത്തൊന്നുമില്ല ഞാൻ ഒന്നിന്റെ അപ്പുറം ഇതാവിണ്ട ഞാൻ ഓടീന്റെ അപ്പുറം ഇല്ലാന്നില്ല അതുകൊണ്ട് പലതുഹിമനാൽ ഭാതിൽപ്പെട്ട എന്തെങ്കിലും ഇരുമ് നൽകപ്പെട്ട ഒരു ആലിമിനെയും നീ നിശാരപ്പെടുത്തല്ലേന്ന് അവർ പറഞ്ഞു പൈനാഹതല്ല അദ്ദേഹത്തിന് ഈ എൽമ് കൊടുത്ത കാരണത്താൽ അന്നാമം അദ്ദേഹത്തെ നിശാലപ്പെടുത്തിയില്ല അത് കൊടുത്ത് ആദരിച്ചിട്ടുള്ളത് ആ അങ്ങനെ ഇൽമു കൊടുത്തിന് ആദരിച്ചാണ് നീന്റെ നിശാരൊക്കെ പോകുന്നത്